यस्य सुरा इत्रिय च पुनन्ते हासित्रके चित गृहस्थः विछोडनानि भया परिभवाश्च तस्य मानः सूक्ष्म दृष्टिदां दर्शयिन्दो उत्तमः भूः विच्छोरवि विछोडनादि नियम दर्शनान् देहधारणमात्रार्थं गृहस्थस्य विसादिसारेषु विष्णु भेविरमुक्क्तस्य देहमात्र धारणार्थं असनाच्छर ാണ് ചർച്ച ചെയ്യുന്നത് ഭക്ഷ്യകാരൻ സമർപ്പിക്കുന്നത് തത്വജ്ഞാനി യുദ്ധാപ്യ ഭിക്ഷാചര്യം ചരന്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തത്വജ്ഞൻ സന്യസിക്കണം സന്യാസം എന്ന് പറയുന്നത് ദേഹധാരണ ശരീരധാരണത്തിനു വേണ്ടി ഭിക്ഷാചിരിയ സ്വീകരിക്കണം ഭിക്ഷാടനം അത് അത് സംഭവിക്കണം അർത്ഥാ സംഭവിക്കുന്നതാണ് വേദം വിധിച്ചതുകൊണ്ടല്ല തത്വജ്ഞനായി പിന്നീട് കർത്തവ്യങ്ങളൊന്നുമില്ല ദ്രവ്യാർജനം പരിഗ്രഹം അത് പിന്നീട് സംഭവിക്കുന്നില്ല അപ്പം ശരീരധാരണം നടക്കണമല്ലോ ശരീരം നിലനിൽക്കണമല്ലോ അപ്പം ഭിക്ഷാടന രൂപത്തിലുള്ള ഭിക്ഷാടനം അതാണ് സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മത്യാഗവും ഭിക്ഷാടനവും അത് അർത്ഥസിദ്ധമാണ് വിധിച്ചിരിക്കുന്ന വേദം വിധിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല തത്വജ്ഞനം വിധിക്കാൻ ആർക്കും അധികാരമില്ല ഈശ്വരന് പോലും അതില്ല തത്വജ്ഞൻ ഒന്നിനും വിധേയനില്ല പക്ഷെ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി ഭിക്ഷാടനം സ്വീകരിക്കണം കർമ്മത്യാഗം പൂർണ്ണമായും സംഭവിച്ചിരിക്കണം ഇത് ഇഷ്ടപ്പെടാത്ത ചില ഗൃഹസ്ഥന്മാർ കർമ്മികൾ കർമ്മം ചെയ്യുന്നവർ പറയുന്നു പറയുന്നു അതിന് കാരണം പറയുന്നു ഭിക്ഷാടനാദി ഭയ പരിഭവാസ് ഭിക്ഷാടനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഭയം കൊണ്ടും പരിഭവം കൊണ്ടും മറ്റുള്ളവരോ ആക്ഷേപം അതിനെ ഭയന്നിട്ടും തൃസ്യമാനാഹായിട്ട് സൂക്ഷ്മ ദുഷ്ടിതാം ദർശിക്കുക അവർ വാസ്തവത്തിൽ വിവേകികളല്ലെങ്കിലും വലിയ വിവേകികളാണെന്ന് ഭാവിച്ചുകൊണ്ട് ഉത്തരം ആഹോ സമാധാനം പറഞ്ഞു അതാണ് പറഞ്ഞത് സ്വയം അവർക്കറിയാം നമ്മൾ പറയുന്നത് ശരിയല്ല എന്നാലും അങ്ങനെയാണെന്നും ഭാവിച്ചുകൊണ്ട് ആര് കെ ജി ഗൃഹസ്ഥ്രഹസ്ഥന്മാർ പറയുന്നു ധനാത്മവഞ്ചനെന്ന് പറഞ്ഞത് സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറയുന്നു ഞങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്താണ് ഭിക്ഷുരതി ഭിക്ഷാടനാദി നിയമദർശനാ അവർ പറയുന്നു ഭിക്ഷു ഭിക്ഷാടനം ചെയ്യുന്നു എന്റെ തത്വജ്ഞാനി വിധാനം ചെയ്ത ആള് സന്യാസത്തെ പ്രാപിച്ചയാൾ അയാളും ഭിക്ഷാടനം ചെയ്യുന്നുണ്ടല്ലോ അതിനും നിയമങ്ങളുണ്ട് ഭിക്ഷാടനത്തിന് നിയമം പറയുന്നു ഏഴ് വീട്ടിലേക്ക് പോകാവൂ അങ്ങനെ നിയമങ്ങളെല്ലാം സ്മൃതികളിൽ പറയുന്നുണ്ട് അപ്പം ഭിക്ഷാടനം ചെയ്യുന്നവൻ ചില നിയമങ്ങളെ അനുസരിക്കുന്നുണ്ട് അങ്ങനെ വൈദിക ഭാഷയിൽ പറഞ്ഞാൽ നിയമവിധി എന്ന് പറയുന്നു പലതരത്തിലുള്ള വിധികളെ കുറിച്ചും പൂർവീമാംസര്ച്ചു അതൊരു മറ്റൊരു വിഷയമാണ് എന്നാലവിടെ നിയമവിധി എന്ന് പറയുന്നുണ്ട് അത് നിയമപാക്ഷിക അത് പ്രാപ്തമായത് തന്നെ പാക്ഷികമായി അതനുസരിക്കാൻ പറയുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു നിയമവിധി എന്നുള്ള രീതിയിൽ അവര് ഭിക്ഷാടനത്തെ സ്വീകരിക്കുന്നുണ്ടല്ലോ വാസ്തവത്തിൽ എന്താണ് ദേഹധാരണ മാത്രം അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം ദേഹം നിലനിർത്തുക അത്ര മാത്രമേ ഉള്ളു അപ്പോ അവരെ സംബന്ധിച്ചില്ല ചെയ്യുന്നില്ല ധനം സമ്പാദിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല ധനം സമ്പാദിക്കുന്നതിൽ കർമ്മം വേണം കർമ്മത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ധനം അങ്ങനെ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തത് ദക്ഷിണ അപ്പോൾ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞു കർമ്മത്തെ ഉപേക്ഷിച്ച് ശരീരം നിലനിർത്തണം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഭിക്ഷാടനം നിയമം അവർ അനുസരിക്കുന്നു അവർക്ക് ദേഹധാരണ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അത് ആണ് സന്യാസി കണ്ടുവരുന്നത് അതുപോലെ ഗൃഹസ്ഥാവി ഗൃഹസ്ഥന്മാർ പറയുന്നു ഞങ്ങൾ ഗൃഹസ്ഥന്മാരും സാധ്യസാധന ഏഷ്യണ ഉഭയവിനർമുക്ത ഞങ്ങൾക്ക് സാധ്യസാധന ഏഷണ രണ്ടു സാധ്യ ഏഷണ സർഗാദികളിലുള്ള ഏഷണ സാധന ഏഷ്യണ കർമ്മത്തിലുള്ള ഏഷൻ രണ്ടിൽ നിന്ന് ഞങ്ങൾ മുക്തരാണോ എന്ന് വെച്ചാൽ തത്വജ്ഞാനികളാണ് മുക്തരാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏഷണയും ഗ്രഹസ്ഥ ധർമ്മം സ്വീകരിക്കുന്നത് തന്നെ പറഞ്ഞെന്താണ് ഏഷന കൊണ്ടാണ് എന്തിനുള്ള ഏഷന സാധ്യസാധനങ്ങളുള്ള ഏഷന അതുകൊണ്ടാണ് മുഖ്യമായിട്ട് അതാണ് ഏഷൻ സ്വർഗാദി ഫലങ്ങളും യാഗാദി കർമ്മങ്ങളെയും ഉദ്ദേശിച്ചിട്ടാണ് ഗൃഹസ്ഥ ധർമ്മം സ്വീകരിക്കുന്നത് ധർമ്മം എന്ന് പറയുന്നത് എന്താണ് യാഗാതിരവധർമ്മം യാഗാദികളാണ് ധർമ്മം അത് പത്നിസമേതനായിട്ട് അനുഷ്ഠിക്കാൻ പറ്റും അതുകൊണ്ട് ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു ഗൃഹസ്ഥം പറയുന്നു ഞങ്ങൾ ഏഷ്യണങ്ങളിൽ നിന്നെല്ലാം മുക്തനായി സാറിന് പറയും സംഘമില്ല കുടുംബത്തോടും ഭാര്യയോടും മക്കളോടും ഒന്നും ഒരു ആസക്തിയില്ല ദേഹം മാത്ര ധാരണാർത്ഥം അശന ആച്ഛാദന മാത്രം ഉപജീവത അങ്ങനെ ഒരു നിലയിൽ എത്തിച്ചേർന്നു ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സന്യാസിയെപ്പോലെ തന്നെ ദേഹം മാത്ര ധാരണാർത്ഥം കേവലം ഈ ദേഹം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം അശനം അച്ഛാദനം അന്നവും വസ്ത്രവും മാത്രം ഉപജീവത അതിനെ മാത്രം ആശ്രയിക്കുന്നു ഗൃഹ വസ്തുവാസനം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിയാം ഗൃഹത്തിൽ തന്നെ കഴിയാം പ്രത്യേകിച്ച് ഭിക്ഷാചരി ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെയാണ് ഭാഷ്യകാരം ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ഭിക്ഷ എടുപ്പിക്കണം അത് നിർബന്ധമാണ് ഭിക്ഷയുടെ ആവശ്യമില്ല ഗ്രഹസ്ഥ വീട്ടിൽ തന്നെ കഴിഞ്ഞോളാം എന്നാണ് ഗ്രഹസ്ഥാനിയാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല ഭക്ഷ്യകാരം പറയുന്നു സ്വഗ്രഹ വിശേഷ പരിഗ്രഹ നിയമസ്യ കാമപ്രയുക്തത്വ അതിത്യുക്ത ഉത്തരമേത് പറഞ്ഞു ഇതിന് നേരത്തെ സമാനം പറഞ്ഞു കഴിഞ്ഞു ജായാമേ സ്യ അവിടെയെല്ലാം എന്ന് പറയുന്നു എന്താണോ ഇത് സ്വഗ്രഹവിശേഷ പരിഗ്രഹം എന്താഗ്രഹത്തിലിരിക്കണമെന്ന് പറയുന്നു സ്വഗ്രഹവിശേഷം എന്ന് പറയുന്നത് എന്താണോ തൻ്റെ വീട് തന്റെ ഭാര്യ തന്റെ മക്കൾ തൻ്റെ ധനം ഇതൊക്കെയാണല്ലോ സ്വഗ്രഹവിശേഷം ഇത് പരിഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ എന്താഗ്രഹസ്ഥനു തൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണെന്ന് വേറെ വീട്ടിൽ പോയിരിക്കാൻ പറ്റും അത് പറ്റത്തില്ലല്ലോ തൻ്റെ ഭാര്യ തന്നെ ശുശ്രൂഷിക്കണം തൻ്റെ മക്കളുടെ സ്നേഹം വേണം എന്താ മറ്റൊരു വീട്ടിൽ പോയിരിക്കാത്തത് ഞാനിയാണ് യേഷൻ ഇല്ല എന്ന് പറഞ്ഞു അത് പറ്റുമോ വീട്ടിൽ തന്നെ ഇരിക്കുന്നു സ്വഗ്രഹ എന്ന് പറയുമ്പോൾ അവിടെ ഇതെല്ലാം വരും അതൊന്നും പറയുന്നുണ്ടെങ്കിലും ആ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല ഞാനിയാണെന്ന് പറഞ്ഞു അവരൊട്ട് സമ്മതിക്കത്ത സാധ്യവുമല്ല അസ്വഗ്രഹ വിശേഷ പരിഗ്രഹ നിയമസ്യ കാമപ്രയുക്തത്വ പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ കാമമാണോ അല്ലാതെ തത്വജ്ഞാനൊന്നും അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷ്മദർശികളാണ് വിവേകികളാണെന്ന് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് ഉള്ളിൽ കാമ ഇരിക്കുന്നതുകൊണ്ടാണ് വീട്ടിൽ തന്നെ കൂടിയിരിക്കുന്നത് അല്ലാതെ തത്വജ്ഞാനം ഉള്ളത് കൊണ്ടല്ല പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് മനസ്സാണെങ്കിലോ സ്വഗൃഹവിശേഷ പരിഗ്രഹ ഭാവേച്ച ശരീരധാരണ മാത്രപ്രയുക്ത അശനാച്ഛാദനാർഥന സ്വപരിഗ്രഹ വിശേഷ അങ്ങനെ ഒരാൾക്ക് സ്വഗ്രഹവിശേഷ പരിഗ്രഹം ഇല്ലാന്ന് വെച്ച തന്റെ ഭാര്യയും മക്കളും തന്റെ സ്വത്തും തന്റെ വീടും ഒന്നും ഇല്ലാന്ന് ആ ഏഷണങ്ങളിൽ നിന്നെല്ലാം അയാൾ മുക്തനായാൽ ഇന്നെന്താണ് ശരീരധാരണ മാത്രപ്രയുക്ത അശ്വനാച്ഛാദനാടത്തിന് പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ എന്താണ് ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അശനാച്ഛാദനാദികൾ അന്നവും വസ്ത്രവും അതുമാത്രമേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ ഈ വീട് അവിടുത്തെ സാഹചര്യങ്ങൾ അവിടുത്തെ ചുറ്റുപാടുകളൊന്നും ആഗ്രഹിക്കുന്നില്ല സ്വപരിഗ്രഹ വിശേഷാഭാവേ പിന്നെ തൻ്റെതായ ഒന്നിനെ അയാൾ സ്വീകരിച്ചിട്ടില്ല സ്വപരിഗ്രഹം ഒന്നുമില്ല ഒരു വീട്ടിൽ കയറിയിരുന്നിട്ട് അതെന്റെ വീടെന്ന് സങ്കല്പിക്കാതെ എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റും സ്വപരിഗ്രഹ വിശേഷം അവിടെയുണ്ട് അതില്ലെങ്കിൽ അർത്ഥാത് ഭിക്ഷുതത്വമേവാ അർത്ഥത്തിൽ അയാൾ അയാൾ തന്നെ പ്രാപ്തമാവും അയാൾ ഭിക്ഷു തന്നെ ആയിത്തീരും അല്ല വേറെ വഴിയില്ല എന്താണ് വീട്ടിലിരുന്ന് ഭക്ഷിക്കുന്നത് നൺസോപരിഗ്രഹമാണ് താൻ സമ്പാദിച്ചാണ് താൻ ഭക്ഷിക്കുന്നത് അപ്പൊ താൻ ഉണ്ടാക്കിയത് താൻ കഴിക്കണമെങ്കിൽ തൻ്റെ വീട്ടിൽ ഇരിക്കണം അപ്പവിടെ വരുന്നുണ്ടല്ലോ തന്റേത് അത് ഭക്ഷിക്കുകയാണെന്നല്ലോ അവിടെ ഇരിക്കുന്നു അല്ല അതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഭിക്ഷുവല്ലാതെ എങ്ങനെയായാൽ കാകാൻ കഴിയും ഭിക്ഷുവായാലേ ജീവിക്കാൻ കഴിയും ശരീരം നിലനിർത്താൻ പറ്റും അപ്പൊ ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഭിക്ഷുവാകാൻ കാരണം അവിടെ ഇരുന്ന് സ്വപരിഗ്രഹം അതാണ് സ്വീകരിക്കുന്നത് എന്നർത്ഥം എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് അവകാശവാദത്തെ അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ആത്മവഞ്ചനയാണ് അയാളുടെ തത്വജ്ഞാനമൊന്നുമില്ല അയാൾക്ക് ആ ഗ്രഹത്തോട് മമതയുള്ളത് ആ വീട്ടിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അത് ഭിക്ഷു തന്നെയാണ് അതിൽ ഭിക്ഷുത്വമേളിൽ പ്രാപ്തമാകും ഇനി വീണ്ടും ശരീരധാരണാർത്ഥാ ഭിക്ഷാടന യഥാ നിയമോ ഭിക്ഷോ ശൗചാ ചൃഹിണോ വിദുഷോ അകാമിനോ അസ്തു നിത്യകർമ്മ നിയമന പ്രവൃത്തിജീവാതിശ്രുതിനിഹാര ഇത് പൂർവക്ഷെ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയും തത്വജ്ഞാനിയായാലി ശരി വീട്ടിലിരിക്കുക അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ആയാലെന്താ ശരീരധാരണാർത്ഥായാ ഭിക്ഷാടന ഭിഷു യഥാ നിയമോ ഭൂർപക്ഷി പറയുന്ന ഒരു നിയമവിധിയനുസരിച്ചിട്ടാണ് ഭിക്ഷുപോലും ഭിക്ഷാടനം ചെയ്യുന്നത് അവിടെ നിയമം പറയുന്നുണ്ടല്ലോ സ്മൃതികളിലും പറ്റും ഏഴുവീട്ടിലെ ഭക്ഷണം കഴിക്കാവും ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പറയുന്നുണ്ട് ആ നിയമങ്ങളെ അനുസരിച്ചാണല്ലോ ഭിക്ഷുപോലും പ്രവർത്തിക്കുന്നത് അതുപോലെ ശൌചാതി കാര്യങ്ങളിലും ഭിക്ഷുവിന് പറയുന്നുണ്ട് മണ്ണുകൊണ്ട് ശൗചം ചെയ്യുന്നു അപ്പം അത് കയ്യിലെത്ര കാലിലെത്ര മുഖത്തെത്ര ഇങ്ങനെയൊക്കെ ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട് നിയമങ്ങൾ അത് ഭിക്ഷുവിന് നിയമം പറയുന്നു ഗൃഹസ്ഥന് പറയുന്നു ബ്രഹ്മചാരിക്ക് പറയുന്നു ഭിക്ഷുവിന് നിയമം അവിടെ പറഞ്ഞിരിക്കുന്നു ഇപ്പം ഭിക്ഷവും എന്നാണ് ഈ നിയമങ്ങളെ പാലിക്കുന്നു പൂർവക്ഷി പറയാണ് പൂർവക്ഷിയുടെ ഇവിടെ പറയുന്നു വാസ്തവത്തിൽ ഇവിടെ പറയുന്ന വിദ്വത് സന്യാസിയെ സംബന്ധിച്ച് അങ്ങനെ നിയമങ്ങളില്ല ഇവിടെ പറയുന്നതിൻ്റെ നലിംഗം ധർമ്മകാരണം പരമഹംസ പരിപ്രാജകർ എന്ന് പറയുന്ന അവിടെ ലിംഗങ്ങളില്ല അതായത് ദണ്ട് കമണ്ടു ഇങ്ങനെയുള്ള അടയാളങ്ങൾ വേണമെന്നില്ല എന്തെങ്കിലും തൻ്റെ ഈ പരിവ്രചനത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ വേണമെന്നില്ല അതെല്ലാം വിവിധ സന്യാസിക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അതിന് നമ്മൾ ചർച്ച ചെയ്യും വിദ്ധസന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങനെ അടയാളങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ പറയുന്നത് സിദ്ധാന്തമായിട്ട് അതിനെടുക്കണ്ട അവിടെ ഭിക്ഷാടനാദികൾക്ക് നിയമമില്ല ഒരു നിയമങ്ങളും ഇല്ല ഒരു നിയമങ്ങളും ഇല്ലയെന്നു പറയുമ്പോൾ വിദ്യുസന്യാസി നിയമങ്ങളെ പാലിക്കുമോ അതിന് ചർച്ച ചെയ്യും നിയമങ്ങളില്ലായെന്ന് പറയുന്നത് ശരി തന്നെ പാലിക്കുമോ ഇല്ല എന്നുള്ള കാര്യം തുടർന്ന് വരും പക്ഷെ നിയമങ്ങളില്ല എന്നുള്ളതാണ് ഒരു നിയമവിധിയും അവിടെ എറണാകുളത്ത് പറഞ്ഞെന്താണ് നിയോജ്യനാണ് നിയോഗം നിയോഗം എന്ന് പറഞ്ഞാൽ വിധി നിയോജ്യനെന്ന് പറഞ്ഞാൽ ആരെയാണോ വിധി പ്രേരിപ്പിക്കുന്നവൻ നിയോജ്യൻ അപ്പോൾ ഇവിടെ തത്വജ്ഞാനി നിയോജ്യനല്ല ഒരു വിധിയാൽ വിധിയും പ്രേരിപ്പിക്കുന്നവനല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിധിയില്ല നിയമവിധിയും അവിടെ ഇല്ല എന്നാൽ നിയമത്തെ പാലിക്കുമ്പോൾ അത് വീണ്ടും ചർച്ചയിൽ ഇവിടെ പുറകിച്ച് പറയുകയാണ് എന്താണ് ഭിക്ഷാടനാദികളിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണോ നിയമം ഭിക്ഷനം ശിവജാതിയിലുമുണ്ട് അതുപോലെ ഗൃഹനോപി വിദുഷവും അതുപോലെ ജ്ഞാനിയാണ് ഗൃഹസ്ഥനാണ് അക്കാമിനാമിയാണ് കാമനകളൊന്നുമില്ല ജ്ഞാനിയാണ് അതുകൊണ്ട് കാമനയുണ്ട് ഗ്രഹർ പറയുന്നു വേറെ ഭാഗത്ത് പറയുന്നു ഞാനാർക്കും ഉണ്ടാകാം പക്ഷേ മുക്തിക്കുതകുന്ന ആ ജ്ഞാനം അത് സന്യാസത്തോടു കൂടി സാധ്യമാവും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുവനിൽ ജ്ഞാനം പ്രാപ്തമായാൽ അത് അയാൾ സന്യാസിച്ചിരിക്കും ആ ജ്ഞാനം ഏതരത്തിലുള്ളതായാലും ശരി അത് വിവിധ സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ പറയും വിദുഷോ അകാമിനോ അസ്ഥോ നിത്യകർമ്മസ്ഥ നിയമേന പ്രവൃത്തി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രഹസ്ഥൻ വിവാനാണ് കാമനകളൊന്നുമില്ല പക്ഷെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അയാൾ നിത്യകർമ്മത്തിൽ പ്രവർത്തിക്കണം നിയമവിധിയനുസരിച്ച് പ്രവർത്തിക്കണം എന്തുകൊണ്ട് യാവജ്ജീവാതി ശ്രുതി നീക്കത്വ യാവജ്ജീവം അഗ്നിഹോത്രം എന്ന് ശ്രുതി തന്നെ മരണം വരെ അഗ്നിഹോത്രം ചെയ്യാൻ വിധിച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ പരിഹാരമായ എന്തിനാ അഗ്നിഹോത്രം ചെയ്യുന്നു അതിന് വിശേഷ ഫലമൊന്നുമില്ല നിത്യകർമ്മത്തിന് ഫലമില്ലെന്നാണ് മീമാംസകർ പറയുന്നത് ചെയ്യാതിരുന്നാൽ പാപം ഉണ്ടാവും നിത്യ അഗ്നിഹോത്രത്തെ സംബന്ധിച്ച് അതാണ് ചെയ്യുന്നതുകൊണ്ട് വിശേഷിച്ചൊരു ഫലമില്ല കാരണം ഫലം അവിടെ പറഞ്ഞിട്ടില്ലാതെ ചെയ്യാതിരുന്നാൽ പാപം ഉണ്ടാവും ആ പാപത്തെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ പരിഹാരം അതുകൊണ്ട് നിത്യകർമ്മം അനുഷ്ഠിക്കണം അഗ്നിഹോത്രാദിത്യം വൈദിക കർമ്മങ്ങളാണ് അത് നമ്മളെ ഇന്നത്തെ കർമ്മങ്ങളല്ല നമ്മളോടും നല്ല പറയുന്നു ഇന്നത്തെ സമൂഹത്തോടല്ല ഇവിടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകും അതുകൊണ്ട് ആ നിത്യകർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാലോ ഭാഷകാരം പറയുന്നു അതും ശരിയാകില്ല ഏതും നിയോഗ അഭിഷേത്വേനാ വിദുഷഹ പ്രത്യേക ഇക്കാര്യവും നേരത്തിനെ നിഷേധിച്ചു വിദ്വാന് നിയോഗമില്ല അസഖ്യ നിയോഗത്വ അയാൾ ആ പരബ്രഹ്മസ്വരൂപം തന്നെയാണ് അയാളെ അവിടെ ആജ്ഞാപിക്കുന്നതിന് ഈശ്വരൻ പോലും ഇല്ല പറയാം ഈശ്വരൻ അങ്ങനൊരു ഇല്ല എന്തുകൊണ്ടത് പരബ്രഹ്മസ്വരൂപമായിരിക്കുന്നു വിദ്വാൻ അസഖ്യ നിയോഗം സഖ്യമല്ല സാധ്യമല്ല അതുകൊണ്ട് ഇനി ജ്ഞാനിയാണ് അവിടെ ഇരുന്ന് ധർമ്മം ചെയ്യുമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല ജ്ഞാനിയാണെങ്കിൽ ഭിക്ഷ തന്നെ സ്വീകരിക്കണം ഭിക്ഷാടനം വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി യവജ്ജീവാദി നിയമചോദന ആനർഥയ്ക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദം വ്യർത്ഥമായി പോവും വേദത്തിൽ എന്താണ് വിധിച്ചിരിക്കുന്നത് അത് നടക്കണം അല്ലെങ്കിൽ വേദം പ്രമാണമല്ലാതായിത്തീരും വേദമാണ് പറഞ്ഞത് മരണം വരെ അഗ്നിഹോത്രം ചെയ്യാൻ നിങ്ങൾ സന്യസിച്ചിട്ട് അഗ്നിഹോത്രത്തെ ഉപേക്ഷിച്ചാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അത് പറഞ്ഞ വേദം നിങ്ങൾക്ക് അപ്രമാണമായി തീരുമെന്ന് പറഞ്ഞാലോ യാവ് ജീവാദി നിത്യ ചോദന അനർഥക്യം വിധി ചെയ്യുന്ന ആ വിദ്യുദ് വിഷയത്വേന അർത്ഥവത്വം വേദം ജ്ഞാനിക്കു വേണ്ടിയുള്ളതല്ല അത് അജ്ഞനു വേണ്ടിയുള്ളതാണ് വേദത്തിലെ കർമ്മകാന്ഡം ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനുകാണ്ടും ഞാനിക്കാവശ്യമില്ല വേദം ഞാനീ സംബന്ധിച്ച് വേദമേ അല്ല ഞാൻ വേദം പ്രമാണമല്ല വേദത്തിന് ഞാൻ ഈ പ്രമാണമാണ് തിരിച്ചു വരും അതുകൊണ്ട് അവിദ്യുത് വിഷയത്തിന് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അജ്ഞനു വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അജ്ഞൻ എന്നു പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് ഭിന്നനായൊരാത്മാവുണ്ട് ആ ആത്മാവ് കർത്താവും ഭോക്താവുമാണ് എന്നെല്ലാം കരുതുന്നതിന് വേണ്ടിയിട്ട് എന്നെല്ലാം കരുതുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് തത്വജ്ഞനണ്ടത് ഭിക്ഷോഹോ ശരീരധാരണ മാത്ര പ്രവൃത്തസ്യ പ്രവൃത്തി നിയതത്വം തത് പ്രവൃത്തകര പ്രയോജനം ഇനി സിദ്ധാന്തി എന്ന് പറയുന്നു ഭിക്ഷുവിന് ഭിക്ഷാടനം അർത്ഥാത് പ്രാപ്തമാണെന്ന് വെച്ചാൽ ശരീരധാരണ മാത്രം ശരീരം ധരിക്കണമെന്ന് ശരീരം നിലനിൽക്കണമെന്ന് പ്രാരബം കൊണ്ട് തോന്നുന്നു അതുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി ഭിക്ഷാടനം കൊടുക്കുന്നു അതാണ് ഭിക്ഷാടനം അതെന്താ ശരീരം നിലനിർത്തുന്ന ഭിക്ഷാടനം കാരണം പരിഗ്രഹമില്ല സമ്പാദ്യമില്ല ഉണ്ടാക്കിക്കൂടെ ഇല്ല കാരണം ഉണ്ടാക്കണമെങ്കിൽ കർമ്മം ചെയ്യണം ദക്ഷിണ കിട്ടണം അപ്പം കർമ്മമായി ഉപയോഗിച്ച പിന്നെ ദക്ഷിണയ്ക്ക് വഴിയില്ല സ്വന്തമായൊന്നും സമ്പാദിച്ചിട്ടുമില്ല കാരണം വീട് കിട്ടുകഴിഞ്ഞു സമ്പാദിച്ചതെല്ലാം വീട്ടിലല്ലേ ഇവിടെ ഭിക്ഷം എന്ന് പറയുമ്പോൾ വീട് ഉപേക്ഷിച്ചു അത് ഒരു തരത്തിലും അസാധ്യമല്ല ഏതെങ്കിലും ആശ്രമത്തിൽ പോകാന്ന് വെച്ചാൽ അന്ന് ആശ്രമവും ഇല്ല അപ്പം പിൽക്കാലത്ത് ഒന്നാണ് അപ്പൊ അതും ഇല്ല ഇപ്പൊ ശരീരധാരണ മാത്രം പ്രവർത്തകസിയാണ് ആശ്രമങ്ങളുണ്ടായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു വീട്ടിൽ നിന്ന് പോയി ആശ്രമത്തിച്ചെന്ന് എന്തെങ്കിലും സേവനം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അതുമില്ല പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ ശരീരധാരണം മാത്രം ശരീരധാരണം പ്രവൃത്തി എന്ന് പറയുന്ന അതിനുവേണ്ടി ഉള്ളൂ പിന്നെ ശൗചാതികർമ്മങ്ങൾ ശരീരധാരണത്തിന് വേണ്ടിയുള്ള ശൗചാതികർമ്മങ്ങൾ അതേ ഉള്ളു അതും എന്താണ് പ്രവൃത്തി നിയതത്വം അവിടെ ചില നിയമവിധികളുണ്ടല്ലോ പറഞ്ഞിരിക്കുന്നു ഭിക്ഷയെടുക്കുന്ന വിധികൾ സൗജന്യത്തിലുള്ള വിധികൾ അപ്പൊ അവിടെ ഭിക്ഷു ആ വിധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊന്നുകൂടെ പറയുന്നു തത് പ്രവൃത്ത പ്രയോജകം ആ വിധിക്കനുസരിച്ചല്ല ആ ഭിക്ഷു പ്രവർത്തിക്കുന്നത് ആ വിധികൾ എന്തുകൊണ്ട് അതിന് സമാനം നേരത്തെ പറഞ്ഞു അത് ഭിക്ഷുപ്രയോജ്യനല്ല പ്രേരിപ്പിക്കാൻ പറ്റിയ ഒരാളല്ല അതുകൊണ്ട് തന്നെ അവിടെ പ്രയോജനമില്ല നിയോജ്യനല്ല അതുകൊണ്ട് നിയോജകമില്ല വിധിയില്ല അത് സാധ്യമല്ല എന്നർത്ഥം ആചമന പ്രവൃത്ത പിപ്പാസ അപകമ ഇതുപോലെയുള്ള എന്താണോ വെള്ളം കുടിക്കുന്നവന് ദാഹം മാറുന്നു ആചമനത്തിനും വിധിയുണ്ട് പിന്നെ ആചമനം ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം വിധിയുണ്ട് പക്ഷേ വിധിയില്ലെങ്കിൽ ആചമനം ചെയ്യത്തില്ലേ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റൂ വെള്ളം കുടിച്ചാലെന്താ അതിന് പ്രയോജനം ദാഹം മാറുക അതല്ല വേറെ പ്രയോജനമൊന്നുമില്ല അഗ്നിഹോത്രം പറ്റും അതുപോലല്ല അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ട് കാരണം വിധിച്ചിരിക്കുന്ന പ്രയോജനം എന്താണോ അവിടെ പ്രത്യേകമായ പരിഹാരം അതുപോലുള്ള അതിന് വിധിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും കുടിച്ചാൽ ദാഹം മാറും ഇതൊന്നും വേദം വിധിക്കേണ്ട കാര്യമില്ല അതിന് വിധിയുടെ ആവശ്യമില്ല നല്ല സ്വാഭാവികമായി അറിയുന്ന കാര്യങ്ങളാണ് വിധിയുടെ ആവശ്യം തോന്നുന്നു കാരണം വേദം വേദ വൈദിക കർമ്മങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും വിധിയുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നു അത് വിധിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വിധി നിങ്ങൾക്ക് ബാധകമല്ലേ പറയുന്നത് ഞങ്ങൾക്കത് ബാധകമല്ല തത്വജ്ഞന്മാരാണ് പക്ഷെ നിങ്ങൾ വിധിയനുസരിച്ചാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ വിധിയെ നിങ്ങൾ പിന്തുടരുന്നുണ്ടോ പറയുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് അഗിനിഹോത്രം മറ്റുമല്ല ചെയ്യുന്നത് ശരീരം നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു ഇത് വേദം വിളിച്ചിട്ടല്ല മൃഗങ്ങളും ചെയ്യുന്നില്ല വേദത്തിൻ്റെ വിധിയെ മാനിച്ചുകൊണ്ടാണോ ദാഹിച്ച വെള്ളം കുടിക്കുന്നത് വേദം പറഞ്ഞിട്ടാണോ അപ്പം അത് വിധിക്കനുസരിച്ചല്ല അതിനാണ് വലിയ ശരീര പ്രാരണം ശരീരം നിലനിൽക്കുന്നു അതനുസരിച്ച് ചെയ്യുന്നു അല്ലാതെ എന്നാൽ അന്യപ്രയോജനാർത്ഥത്തും അതിന് മറ്റു പ്രയോജനങ്ങളൊന്നുമില്ല ശരീരധാരണാർത്ഥം എന്ന് പറയാം അതുകൊണ്ട് അത് അവിടെയും വിധിയില്ല എന്നുവെച്ചാൽ അഗ്നിഹോത്രാദീന അർത്ഥപ്രാപ്ത പ്രവൃത്തി നീതത്വത്തി അഗ്നിഹോത്രാദികളും മറ്റും അങ്ങനെയല്ല അർത്ഥപ്രാപ്ത പ്രവൃത്തി നീതത്വം ഇവിടെ പ്രവൃത്തിയിൽ നിയമങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് അർത്ഥപ്രാപ്തമാണ് എന്നുവെച്ചാൽ വേദവിധി കൂടാതെ തന്നെ ആവശ്യം പ്രാപ്തമായ കാര്യങ്ങളാണ് അർത്ഥപ്രാപ്തമാണ് ഭക്ഷണം കഴിക്കാതെ ത്തില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു അങ്ങനപ്രാപ്തം എന്ന് പറയുന്നു അഗ്നിഹോത്രം അങ്ങനെയല്ല അഗ്നിഹോത്രം ചെയ്യാതെ ദേഹം ധനകം കത്തില്ല അങ്ങനെയല്ല അഗ്നിഹോത്രം ചെയ്യാത്തവരും ഉണ്ട് പിന്നെ എന്തിനു ചെയ്യുന്നു അതിന് എന്തോ ഫലമുണ്ട് കൃത്യമായ പരിഹാരം അതിനുവേണ്ടി അത് ചെയ്യുന്നു അപ്പൊ അതിനെയും ഇതിനെയും കൂടെ കൂട്ടിച്ചു ചേർക്കുന്നു എന്നാൽ പിന്നെ എന്തുകൊണ്ടാ നിയമം നിങ്ങൾ പാലിക്കുന്നു വിക്ഷു അതിന് സമാനം പറയും എന്തായാലും ഇത് തത് അർത്ഥപ്രാപ്ത പ്രവൃത്തി നീതത്വം വത്തി പ്രവൃത്തി നീതത്വം പ്രവൃത്തിയിൽ കാണുന്ന നിയമം അത് എന്താണോ വേദം വിധിച്ചതുകൊണ്ടല്ല അർത്ഥപ്രാപ്തമായ പ്രവൃത്തികളാണ് അതിൽ ചില നിയമങ്ങൾ കൊണ്ട് അത് കണ്ടയ്ക്കാം അർത്ഥപ്രാപ് അർത്ഥപ്രാപ്ത പ്രവൃത്തി നിയമവും പ്രയോജന അഭാവിയെ അനുപനിവേദിച്ചിരിക്കുന്ന പറയുന്നു അങ്ങനെ ഒരു നിയമം അതിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വിശേഷ പ്രയോജനം കാണണം അഗ്നിഹോത്രം എന്ന് പറയുന്നത് വെറുതെങ്ങും ചെയ്യാൻ പറ്റത്തില്ല വേദം പഠിക്കണം അതിൻ്റെ മീമാംസ അതിന്റെ വിചാരം ചെയ്യണം അതുകഴിഞ്ഞതിൻ്റെ വിധികൾ അറിഞ്ഞിരിക്കണം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് നിയമം മനസ്സിലാക്കണം പ്രവൃത്തി നിയമം അത് ചെയ്യുന്ന പ്രയോജനമുണ്ട് അപ്പൊ അതിന് പ്രയോജനത്തെ ഉദ്ദേശിച്ച് അതെല്ലാം ചെയ്യുന്നു അപ്പൊ പ്രവൃത്തി നിയമം അത് പ്രയോജനമില്ലെങ്കിൽ എങ്ങനെ ശരിയാകും കാരണം പ്രയോജനം പ്രവൃത്തി നിയമം കാണുന്നുള്ളൂ അല്ലെങ്കിൽ അത് കാണാറില്ല ഇവിടെ പറയുന്നു ഇതിന് വിശേഷ പ്രയോജനമൊന്നുമില്ല ശരീരം നനകാൻ വേണ്ടി മാത്രം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക അങ്ങനെ ഒരു പ്രയോജനം വേദം പറഞ്ഞല്ലയോജനം ഉള്ളുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേദം നിർദ്ദേശിച്ച പ്രയോജനം അങ്ങനെ ഒരു പ്രയോജനമില്ല വേദം പറഞ്ഞിട്ടില്ല ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം അതിന്റെ ആവശ്യമില്ല അത് രാഗതപ്രാപ്തി മനുഷ്യന്റെ തൃഷ്ണ കൊണ്ട് പ്രാപ്തമാകുന്നതാണ് തത്വജന പ്രാരബ്ധം കൊണ്ട് പ്രാപ്തമാകുന്നു അതുകൊണ്ട് നിയമം കാണുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് കരുതാൻ പാടില്ല ിയമസ പൂർവ പ്രവൃത്തിസിദ്ധത്വതിക്രമി യത്ന ഗൗരവാ പറയുന്നത് ശരി എന്നാൽ നിങ്ങള് പറയുന്ന സന്യാസി ആ സന്യാസിയിലും നിയമം കാണുന്നുണ്ടല്ലോ ഭിക്ഷ എടുക്കുമ്പോഴെ നിയമം പ്രാപിക്കുന്നു നിയമം പാലിക്കുന്നുള്ളൂ ഈ പറയുന്ന ഭിക്ഷ അതിന് അരിചി ഇതൊന്നും നോക്കരുത് നോക്കാതെ കഴിക്കണം ഏഴ് വീട്ടിൽ നിന്ന് പിന്നെ ദുഃഖമുള്ള അടുത്ത് പോയി കഴിക്കരുത് ഭക്ഷണം ഇല്ലാത്തടത്ത് പോയി ഭക്ഷണം ചോദിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട് രോഗി പതിതൻ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്തടുത്ത് പോയി ഭക്ഷണം വാങ്ങിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ അവർ പാലിക്കുന്നെന്തൊണ്ട് തത്വജ്ഞാനിയും പാലിക്കുന്നുണ്ടല്ലോ അത് അയാൾ നേരത്തെ ശീലിച്ചത് അനുവർത്തിക്കുന്നു തത്വജ്ഞാനത്തിന് മുമ്പ് അയാള് സദാചാരം പോലെയുള്ള കാര്യങ്ങൾ പാലിച്ചിരുന്നു അതൊക്കെ ചിത്തത്തിന്റെ ശുദ്ധിക്കും ചിത്രത്തിന്റെ ഏകാഗ്രതയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് സദ്വൃത്തനായിരുന്നു പിന്നെന്താണോ അടുത്ത് പറയും മുമുക്ഷുണ മുമുക്ഷുവും സന്യസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ മുമുക്ഷു മോക്ഷ വന്നപ്പോൾ തന്നെ അയാൾ സന്യസിച്ചു വിവിധ സന്യാസം അവിടെ നിയമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു ഇന്ന നിയമങ്ങൾ പാലിക്കണം പരിഭ്രാജ്യം അതിന് ഭിക്ഷാടനം കൂടിയേ തീരൂ അവിടെ പറഞ്ഞിരിക്കുന്നു ഭിക്ഷാടനത്തിന് നിയമം പറഞ്ഞു അപ്പൊ നിയമം അനുസരിച്ച് ഭിക്ഷാടനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭിക്ഷയാകത്തുള്ളൂ അല്ലെങ്കിൽ അത് വെറും പിച്ചയ പരിഭ്രാജകന്റെ ഭിക്ഷ എന്ന് പറയുന്നത് അത് ഒരു ദരിദ്രന്റെ ഭിക്ഷാടനം പോലെ അല്ല ദരിദ്രന്റെ ഭിക്ഷാടനത്തിനായ നിയമം നോക്കേണ്ട കാര്യം കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കുക ഇത് അതൊന്നും പാടില്ല അപ്പം ഭിക്ഷുവിൻ്റെ ആ ഭിക്ഷാടനത്തിലുള്ള നിയമങ്ങൾ അയാൾ ശീലിച്ചു ശീലിച്ച അയാൾ വിദ്വസന്യാസം അയാൾക്ക് ജ്ഞാനം വന്നു ജ്ഞാനം വന്നുകഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും അയാൾ എന്താണോ തന്റെ ആത്മശിക്ക് വേണ്ടി സ്വീകരിച്ചിരുന്നത് അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും പഴയതിലേക്ക് പോകാൻ പറ്റൂ പറ്റത്തില്ലല്ലോ ദുരാചാരിയാകാൻ പറ്റും ധർമ്മ മാർഗത്തെ അയാൾക്ക് വ്യതിക്രമിക്കാൻ പറ്റും ഒന്നും പറ്റത്തില്ല എന്താണോ അയാൾ ശീലിച്ചിരിക്കുന്നത് പൂർവ്വ പ്രവൃത്തിസിദ്ധത്വ അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് സഹജമായിരിക്കുന്നത് ഞായളെ സംബന്ധിച്ചിടത്തോളം അനിയമപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത് അതിക്രമേ യത്നഗൗരവാ അയാളെ സംബന്ധിച്ച് താൻ ശീലിച്ചു വന്ന കാര്യങ്ങളെ മറിച്ചിട്ട് വെറും പാമ്പരണ പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്ന് വെച്ചു അതിനായിട്ട് പ്രത്യേക പ്രയത്നം വേണ്ടിവരും സ്വാഭാവികമായും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ അയാൾക്ക് സാധ്യമല്ല യത്നഗൌരവെന്ന് പറയുന്നതാണ് ഒരാൾ ശീലിച്ചതില്ല അയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും ജന്മാന്തരങ്ങളായി ശീലിച്ചതാണ് അതിലാണ് ഈ ഭിക്ഷാടനം വരെയുള്ള കാര്യങ്ങൾ അതിലെ നിയമങ്ങളും മറ്റും സ്വീ സ്വീകരിച്ചതാണ് ഓരോന്നുപേക്ഷിച്ച് അധികം യാഗാതി ധർമ്മങ്ങൾ അതുപേക്ഷിച്ചു മമുക്ഷുവായി ഭിക്ഷാടനാലുചര്യകൾ മാത്രം സ്വീകരിച്ചു അവിടെ ഇരുന്ന അയാൾ ജ്ഞാനിയായി ഇനി അയാൾ തിരിഞ്ഞു പോയി പഴയ യാഗാദികളിൽ എങ്ങനെ പോകാൻ പറ്റും അതിനെ സംബന്ധിച്ചുള്ള അയാളെ ശീലങ്ങളെല്ലാം നശിച്ചു പോയി നടക്കും ഇനി ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കണം അതിൻ്റെ ആവശ്യം എന്തോന്നു തത്ത്വജ്ഞാനി ആയി സർവ്വക്രമങ്ങളെയും ഉപേക്ഷിച്ച് അങ്ങനെ ഭിക്ഷാടനത്തിൽ നിയമത്തോടുകൂടി പ്രവർത്തിച്ച് അതിലും അയാൾ തത്വജ്ഞാനിയായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കിങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് തത്വജ്ഞാനിക്ക് ദുരാചരണം സാധ്യമല്ല എന്ന് പറയുന്നു തത്വജ്ഞനാണു നിയമമില്ല എനിക്ക് നിയമമൊന്നുമില്ലാതുകൊണ്ട് ഒരാൾക്ക് ദുരാചരണം ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് അയാൾ സദാചാരത്തിലൂടെയാണ് ആ തത്വം ഞാനത്തിലെത്തിയത് അയാൾ അവശേഷിച്ചിരിക്കുന്ന ആ സദാചാരം കൊണ്ട് എന്ത് ചെയ്തു അയാളുടെ ദുരാചാരങ്ങളുടെ ശീലങ്ങളെല്ലാം പോയി അതിനു സദാചാര സ്വീകരിച്ചത് അപ്പോൾ സദാചാരം നിഷ്ഠനായി കഴിഞ്ഞപ്പോൾ ദുരാചാരങ്ങളെല്ലാം അയാളിൽ നിന്ന് പോയിക്കഴിഞ്ഞപ്പോ ആണ് അയാൾക്ക് ചിത്തശുദ്ധിയുണ്ടായത് ആ ചിത്തശുദ്ധിയൊണ്ടാണ് അയാള് മൂമുഷത്വവും തത്വജ്ഞാനമൊക്കെ ദൃഢമായത് അങ്ങനെ അയാള് ജ്ഞാനിയായി മുക്തനായി അപ്പം പിന്നെ എങ്ങനെ വിപരീത പ്രവൃത്തി എങ്ങനെ ഉണ്ടാവും ഉണ്ടാകത്തില്ല പിന്നെ അവസാനമായി അയാൾ സ്വീകരിച്ച നിയമം എന്താണോ ഭിക്ഷാടനത്തിന്റെ നിയമമാണ് ശീലിച്ചിരിക്കുന്നത് ശൌചത്തിന്റെ നിയമമാണ് ശീലിച്ചത് ഒരു ഭിക്ഷുവിനാവശ്യമുള്ള നിയമങ്ങൾ അത് പൂർവപ്രവൃത്തിസിദ്ധത്വ അതങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ പ്രാരബം അനുസരിച്ച് പോകുന്നു തിക്രമി യജ്ഞഗൌരവാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തി ശാന്ത ദാന്ത പ്രദിക്ഷു അടുത്ത് പറയും ശാന്തി ദാന്തി പോലെയുള്ള അനുഷ്ഠാനങ്ങൾ അയാൾക്ക് സ്വീകരിക്കണമെങ്കിൽ അയാളെ സംബന്ധിച്ച് അതിലാണ് യജ്ഞഗൌരവം വരുന്നത് അയാൾ സാധ്യമല്ല അയാൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും അത് സാധ്യമല്ല ശാന്തിയും ദാന്തിയും ഒന്നും ആകെ സ്വീകരിക്കാൻ സാധ്യമല്ല അത് തന്നെ ഒരു ഞാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല യത്നഗൗരവം അതുകൊണ്ട് എന്താണ് അർത്ഥപ്രാപ്തസ്യ വിധാനസ്യ പുനർവചന അതുകൊണ്ട് ആ വിധാനത്തെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് വിദ്ധാപ്യ ഭിക്ഷാചര്യം ചരന്തി എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിദ്ഷ കർത്തവ്യത്വ ഉപത്തി അതുകൊണ്ട് ഒരു തത്വജ്ഞാനിയിലും ഭിക്ഷാടനാദിപ്രവൃത്തികൾ കണ്ടയ്ക്കാം ഭിക്ഷാടനാദിപ്രവൃത്തികളുടെ നിയമം അയാൾ പാലിച്ചു തന്നിരിക്കാം ശിവജാതികൾ വിദ്വസന്യാസി അതിന് ദോഷമൊന്നുമില്ല അത് അയാളൊരു നിയമത്തിന് വിധിച്ചതുകൊണ്ട് ആ നിയമവിധിക്ക് അനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നതല്ല ആ നിയമവിധി പ്രേരിപ്പിച്ചതുകൊണ്ട് അയാൾ പ്രവർത്തിക്കുന്നതല്ല മുമ്പ് ഒരു മുമൂക്ഷു മൂക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പരിപ്രചനത്തിനുള്ള നിയമങ്ങളെയൊക്കെ സ്വീകരിക്കുന്നു ആ നിയമങ്ങളെ മുമ്പ് സ്വീകരിച്ച് അതിൻ്റെ തുടർച്ച എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു വിദ്വസന്യാസിയും ഇങ്ങനെയുള്ള നിയമങ്ങൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ നിയമത്തിന് വിധേയനാണെന്ന് കരുതണ്ട അത് സഹജമായി പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ ഇനി വിഷ സന്യാസിയെ കുറിച്ച് അടുത്ത് പറയുന്നു വീണ്ടും മറ്റു ഇത് തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വരും ആ വിദുഷാ വിമോഷണ ഞാനി അല്ല എന്ന വിമുഷാണ് അവനോ അവനും പാരിഭ്രാജ്യം കർത്തവ്യമ പരിവ്രജനം കൂടിയേ തീരും ഭിക്ഷാടനം കൂടിയേ തീരും എന്നുള്ളതാണ് സാസം അപ്പോ മുക്ഷു എന്ന് പറയുന്നിവിടെ ആരോ ഉദ്ദേശിച്ചിട്ട് ഇവിടെ വേദാധ്യയനം ചെയ്തവനാണ് ആരായിരുന്നു ഇവിടെ പരിപ്രചനത്തിന് അധികാരി എന്ന് പറയുന്ന വേദാധ്യനം ചെയ്തവനായിരുന്നു എന്നുവെച്ചാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ അറിയുന്നവനായിരിക്കും കാരണം വേദത്തിൽ നിന്നാണ് അവൻ മനസ്സിലാക്കുന്ന ബുദ്ധായ ബുക്ഷാചര്യം ചരന്തി ഗൃഹാത്വ വനാത്വ ഇതെല്ലാം വേദത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത് അപ്പം വേദാധ്യയനം നിർബന്ധമാണ് അതുകൂടാതെ ഇത്തരം ആശയങ്ങളൊന്നും കിട്ടത്തില്ല ഇന്ന് നമുക്ക് കിട്ടുന്നു അത് മറ്റുപായങ്ങളുണ്ട് അന്നത് കിട്ടത്തില്ല അന്നത്തെ കാര്യം പറയാണ് അപ്പൊ വേദാധ്യയനം ചെയ്യുന്നവന് എന്തായാലും ആത്മാവ് അനാത്മാവ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചും മനസ്സിലാവും ആപാദജ്ഞാനം എന്ന് പറയുന്നു അതിന്റെ സ്വര സംശയവിപര്യങ്ങളൊന്നും പൂർണ്ണമായും നശിക്കാതെ ഞാനും ഉണ്ടാവും അപ്പോൾ അതും ഇങ്ങനെയുള്ള ഞാനും വിവാഹ പരമാത്മേകത്ത് വെച്ച് ഞാനും അല്ല ഉണ്ടാവും അതോടൊപ്പം സംശയങ്ങളിരിക്കുന്നു എന്നേ പക്ഷെ ഞാനുണ്ടായാലും അയാൾക്ക് പ്രയോജനമില്ല നമുക്ക് ജ്ഞാനം ഉണ്ടായതുപോലെ എന്താണ് അതിൻ്റെ പ്രയോജനം ജ്ഞാനത്തിന്റെ പ്രയോജനം മുക്തി അതുണ്ടാവുന്നില്ല കാരണം ഈ സംശയവും അജ്ഞാനവും എല്ലാം വീണ്ടും അതിനോടൊപ്പം തന്നെ ഇരിക്കുന്നു അവിടെ അയാൾ ചെയ്യുന്നു മുമോക്ഷകുന്നു അപ്പം മോക്ഷം വേണം ആത്മാവിനെ ധരിച്ചു കഴിഞ്ഞു പക്ഷെ മോക്ഷം കിട്ടുന്നില്ല പറഞ്ഞല്ലോ അഭയപ്രതിഷ്ഠ അതൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ എന്ത് ചെയ്യണം പരിപ്രാജ്യം ആണ് പരിപ്രജനം സ്വീകരിക്കുന്നു വിച്ഛാചരിഞ്ചരിക്കുന്നു അവിടെ നിയമപൂർവ്വകമായ സന്യാസം ആ വിവിധ സന്യാസത്തിൻ്റെ ഒരു ഛായ അത് പൂർണ്ണമായതെന്ന് പറയാൻ വയ്യ ഇന്നത്തെ നമ്മുടെ ആശ്രമ സന്യാസം എന്ന് പറയുന്നതാണ് പൂർണ്ണമായതല്ല കാരണം ഇതിലും ഇവിടെ പറയുന്ന പരിവ്രചനയല്ല ബാക്കിയെല്ലാം ഉണ്ട് ഇന്നത്തെ സന്യാസം നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് പരീക്ഷാ മന്ത്ര ഉച്ചാരണത്തോടുകൂടി സന്യാസം സ്വീകരിക്കുന്നു ആണ് മോക്ഷൂന്റെ സന്യാസം സന്യാസത്തിന്റെ നിയമങ്ങളെ പാലിക്കുന്നു ബ്രഹ്മചര്യം ശാന്തോദാന്തോപരത തിദിക്ഷേ തിഷ തുടങ്ങിയ നിയമങ്ങളെ പാലിക്കുന്നു ശ്രോണമനനാദി സാധനങ്ങളെ അനുഷ്ഠിക്കുന്നു അതെല്ലാം ആ സന്യാസത്തിന്റെ ഭാഗമാണ് അതൊക്കെ അനുഷ്ഠിക്കുന്നു അതിന് ശങ്കരായിട്ട് പറയുന്ന സന്യാസം അതിൽ പരിപ്രജനൊഴികെ ബാക്കിയെല്ലാം അനുഷ്ഠിക്കുന്നു അപ്പോൾ കർമ്മങ്ങളെ ത്യജിച്ചിട്ട് ശ്രവണാധി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു അതും ഇന്നത്തെ സന്യാസമായിട്ട് വീണ്ടും മാറ്റം വരും അവിടെ എത്തിച്ചേരാൻ പ്രയാസമാണ് കാരണം അവിടെ മോക്ഷമെന്ന് പറയുന്നത് ഇവിടെ എന്താണോ മനഃസിദ്ധി വന്നവനാണ് അതിനുള്ളൊരു മോക്ഷം എന്ന് പറയുന്നു അപ്പം ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ജ്ഞാനനിഷ്ഠ എന്ന് പറയുമ്പോൾ അവിടെ ശ്രവണമനനാധിനിഷ്ഠ അതാണ് നിയമങ്ങളോടുകൂടിയ ശ്രവണമനനാധി നിഷ്ഠ അതെന്തിന് സംശയവികര്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടുത്തെ വിമുദിഷ സന്യാസം അതേയുള്ളൂ അവിടെയും അയാൾ നിരാശ്രയനാണ് ാണെന്ന് പറയുമ്പോൾ പരിമചനക്ക് സ്വീകരിച്ചിരിക്കുന്നു അർത്ഥപരിഗ്രഹം അതില്ല ഒരു തരത്തിൽ ആഗ്രഹിക്കുന്നു ശരീരധാരണത്തിനു വേണ്ടി വിച്ഛാടനം സ്വീകരിക്കുന്നു ആണ് ഞാൻ അനുഷ്ഠിക്കുന്നത് അപ്പോൾ അതും ഇന്നത്തെ നമ്മുടെ സന്യാസം എന്ന് പറയാൻ ഇന്നത്തെ സന്യാസം എന്ന് പറയുമ്പോൾ എന്താണോ മൂഷുമാണ് പക്ഷെ അത് വന്നിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു നിഷ്കാമകർമ്മം ചെയ്യേണ്ടി വന്നു ഇന്നത്തെ സന്യാസി എന്ന് പറയുന്നത് ശരിക്കും കർമ്മയോഗിയാണ് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ അവിടെയും ഈ നിയമങ്ങളെല്ലാം പാലിക്കണം ഇന്നത്തെ സന്യാസത്തിൽ വിവിധ സന്യാസത്തിൽ പരിവ്രജനം സാധ്യവുമല്ല അത് മറ്റൊരു കാര്യം എന്താണ് പരിഗ്രഹം കൂടാതെ ശരീരധാരണത്തിന് വേണ്ടി ഭിക്ഷ സ്വീകരിച്ച് ശ്രവണാതിസാധനങ്ങൾ ചെയ്ത് ജീവിക്കാൻ ഇന്നത്തെ കാലം അനുവദിക്കുന്നില്ല ഞാൻ ശങ്കരാചാര്യരുടെ ട്രഡീഷൻ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അതൊക്കെ എന്നെ പോയി സ്ഥലം വിട്ടു ശങ്കരാചാര്യരുടെ പരമ്പരയേ ഇല്ല ശങ്കരാചാര്യരുടെ പാരമ്പര്യത്തിലുള്ള സന്യാസമില്ലാ ശങ്കരാചാര്യ പരമ്പര വരുന്നു അതില്ല എന്നുവച്ച സന്യാസ പരമ്പരയില്ല ആശ്രമപരമ്പരയുണ്ട് സന്യാസ പരമ്പരയില്ല എന്തുകൊണ്ടില്ല പുളിശങ്കരാർ പറയുന്ന രണ്ട് തരത്തിലുള്ള സന്യാസങ്ങൾ ഒന്ന് വിദ്വസന്യാസം വിദ്വസ്സന്യാസത്തിലാണെങ്കിലും പരിവ്രജനം വീണം രണ്ടാമെന്ന് പറയുന്ന വിവിധ സന്യാസം അതിലാണെങ്കിലും പരിവ്രജനം വീണം ഭിക്ഷാടനം കൊണ്ട് ജീവിക്കണം പക്ഷേ അത് ഇന്നത്തെ ശങ്കരാചാര്യന്മാർക്കുകൂടി സാധ്യമല്ല പിന്നെ ബാക്കിയുള്ളവർക്ക് അവർക്കും പറ്റത്തില്ല അപ്പോ സന്യാസത്തിന്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടുപോയി കാലം മാറിയതുണ്ട് ആരുടെയും കുറ്റമല്ല പിന്നെന്താണ് ആശ്രമത്തിന്റെ പാരമ്പര്യമുണ്ട് അത് മാത്രമേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ സന്യാസ പാരമ്പര്യം സാധ്യമല്ല അത് സാധ്യമാകത്തുമില്ല എന്നുകൊണ്ട് കാരണം നമ്മുടെ ഭരണഘടനയിൽ ഇത് എഴുതി ചേർത്തിട്ടില്ല ഇങ്ങനെ പരിഭ്രചനം ഒരിടത്തും ഇല്ല അത് ഒരു ലോകത്തിലൊരു രാജ്യത്തിലുമില്ല എവിടെ പോയി ഭിക്ഷയെടുത്താലും അകത്താവും നമ്മുടെ രാജ്യത്തായാലും ശരി കാരണം പരിഭ്രജനം എന്ന് വെച്ചാൽ ഭിക്ഷയിടുന്നു അത് വിദ്വസന്യാസി ആയാലും ശരി വിവദ സന്യാസിയായാലും ശരി പഴയകാലത്ത് രാജഭരണകാലത്ത് രാജാക്കന്മാരത് അനുവദിച്ചിരുന്നു ജനങ്ങൾ അതറിഞ്ഞിരുന്നു ഭിക്ഷ കൊടുത്തിരുന്നു അതുകൊണ്ട് ശരീരധാരണം നടത്തും അപ്പൊ അത് ചെയ്തത് തന്നെ എന്താണ് ശരീരധാരണത്തിന് വേണ്ടിയിട്ടാണ് ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഗ്രഹങ്ങൾ ഇന്നൊരു സന്യാസി ശരീരം നിലനിർത്താൻ വേണ്ടി ഭിക്ഷ എടുത്താൻ പോയാൽ കുഴപ്പം ശരീരം നിലനിൽക്കത്തില്ല അതാണ് വന്ന മാറ്റം അങ്ങനെ നനകും കാരണം ഭിക്ഷയെടുത്ത് ശരീരം നിലനിർത്താൻ പോയി കഴിഞ്ഞാൽ ഒന്ന് നിയമവിരുദ്ധം അതുകൊണ്ട് ജയിലിലാവും അവിടെ ചെന്നാലും ഭിക്ഷ കിട്ടത്തില്ല പിന്നെ ശരീരം അങ്ങനെ ഭിക്ഷ കൊണ്ട് നനകും ഭിക്ഷ കൊണ്ട് തന്നെ നൽകത്തില്ല സാധ്യമേ അല്ല അതുകൊണ്ട് പരിപ്രാജ്യം ശങ്കരാചാര്യ സന്യാസം അല്ലാതെ ശങ്കരാചാര്യ പറഞ്ഞ പല കാര്യങ്ങളും ഇതുപോലെ കാലകരണപ്പെട്ടുപോയ കാര്യമാണ് അതിലൊന്നാണ് സന്യാസം എന്നാലും അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് എന്ന് മാത്രം അത് കേവലം സമ്പ്രദായ അഭിമാനം മാത്രം അതല്ലെന്ന് ഏതെങ്കിലും ശങ്കരാചാര്യർ പറയട്ടെ ബാക്കിയുള്ളവരുടെ കാര്യം പോകട്ടെ സംഗ്രഹകർക്കും പറയാൻ പറ്റത്തില്ല ഇതാണ് അതുകൊണ്ട് രണ്ടു തരത്തിലും അതിവിടെ പറയുന്നുണ്ട് വിദുഷണ പരിഭ്രാജ്യം കർത്തവ്യമേവാ അതിന് വേറെ അർത്ഥമൊന്നും പറയാൻ പറ്റത്തില്ല പരിഭ്രജന കാരണം ഇവിടെ ഭിക്ഷ ഭിക്ഷയുടെ നിയമം അതൊക്കെ എടുത്തെടുത്ത് പറയുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതുകൊണ്ട് നമ്മൾ ആശ്രമത്തിൽ ഇരുന്നിട്ട് ആൾക്കാർ കൊണ്ടുതരുന്നതോ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നതോ ആയത് കഴിച്ച് അങ്ങനെയുള്ള ഒരു സന്യാസമാണ് അതിവിടെ പറയാൻ പറ്റത്തില്ല ശങ്കരാചാര്യര് പറയുന്ന അനുസരിച്ച് പറയാൻ പറ്റത്തില്ല മറ്റാചാര്യന്മാർ പറയുന്നതനുസരിച്ച് പറയാം അതായത് മറ്റാചാര്യന്മാര് ശങ്കരാചാര്യരുടെ കാലം കഴിഞ്ഞ് പിന്നീട് വന്ന ശങ്കരാചാര്യന്മാര് അവര് മനസ്സിലാക്കി ഇത് ഈ രീതി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു പുതിയ വ്യവസ്ഥകളുണ്ടാക്കി ആശ്രമങ്ങളുണ്ടാക്കി ഇപ്പോൾ പരിപ്രചനം കൂടാതെ തന്നെ സന്യാസിക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി അതിന് ഭിക്ഷയെന്ന് പേരിട്ട് അതിൻ്റെ ഒരു ചടങ്ങെന്നുള്ള ഇന്നും എന്ത് ചെയ്യുന്നു ശങ്കര തന്നെ സന്യാസി സ്വീകരിച്ചു കഴിഞ്ഞാൽ പോയി ഒരു ഭിക്ഷ എടുക്കും ഒരു നേരം മാത്രമേ ഉള്ളൂ ആ ഭിക്ഷ എവിടെയെങ്കിലും പോയി ഭിക്ഷ എടുത്തോണ്ടെന്ന് കഴിക്കും പിറ്റേ ദിവസം പോലും ഭക്ഷണം ആശ്രമത്തിൽ തന്നെ അപ്പോൾ ഇപ്പോൾ പരിവർജനം ഒരു ഒരു നേരത്തേക്ക് മാത്രം അയച്ചുരുക്കി നൂര് ശങ്കരാചാര്യന്മാരും പരിവ്രചനം നടത്തി ഭിക്ഷ ജീവിക്കുന്നവരില്ല ഇതൊരു സത്യമാണ് ശങ്കരാചാര്യരെ വിമർശിച്ചിരുന്ന ധരിക്കരുത് നമ്മളുള്ള കാര്യം പറയുകയാണ് വിമർശന ബുദ്ധിയിലല്ല പറയുന്നത് ശങ്കരാചാര്യെന്ത് പറഞ്ഞിരിക്കുന്നു ഇന്നെന്ത് നടക്കുന്നു എന്നുള്ള കാര്യം പറയുക കാരണം അങ്ങനെ വരുമ്പോൾ ആശ്രമ ജീവിതമില്ല പരിവരചനത്തിൽ രണ്ടും കൂടെ സാധ്യമുണ്ട് ഒരാളുടെ ആശ്രമത്തിൽ മഠത്തിൽ കഴിയുക പരിപ്രാജകനാവുക രണ്ടും കൂടെ സാധ്യമല്ല അപ്പം പരിവരചനം അസാധ്യമായതുകൊണ്ടാണ് മഠം അല്ലെങ്കിൽ ആശ്രമം വന്നത് അപ്പോൾ അത് ിൽക്കാലത്ത് വന്ന ആചാര്യന്മാരത് പരിഷ്കരിച്ചാണ് ചിലടെ മനസ്സിൽ പെട്ടെന്ന് ശങ്കരാചാര്യന് നാല് മഠങ്ങൾ സ്ഥാപിച്ചു അവിടെ ഇതൊക്കെ സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ടോ അതിന് എനിക്ക് വലിയ വിവരമില്ല എന്ന് പറയുന്നതാണ് വാസവം കാരണം അക്കാര്യത്തിൽ ഈ മഠക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അവരെന്നെ പറയുന്നത് പരസ്പരവിരുദ്ധമായിട്ടാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളാം ഏകാഭിപ്രായം ശങ്കരാചാര്യ എന്ന് മഠം സ്ഥാപിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും ഈ മഠത്തിലിരിക്കുന്ന മഠത്തിലുള്ള രേഖകൾ അനുസരിച്ചോ മഠത്തിലുള്ള ശങ്കരാചാര്യന്മാർ പറയുന്നതനുസരിച്ചോ നമുക്ക് പൂർണമായ വിശ്വാസം പറഞ്ഞാൽ കാഞ്ചി മഠത്തിന്റെ രേഖകളനുസരിച്ച് ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷം മുമ്പാണ് മഠസ്ഥാപിച്ചത് ശൃംഗേരി മഠത്തിലെ രേഖകളനുസരിച്ച് ക്രിസ്തുവിന് ശേഷം എട്ടാം നൂറ്റാണ്ടിലാണ് മഠസ്ഥാപിച്ചത് ഇതൊക്കെ അവർ പ്രസിദ്ധീകരിച്ച രേഖകളാണ് അപ്പോൾ ഇതിലേത് വിശ്വസിക്കും രണ്ട് ശങ്കരാചാര്യർ സ്ഥാപിച്ചു പറയുന്നു കാഞ്ചിയിലാണ് ശങ്കരാചാര്യ സമാധിയെന്ന് അവർ പറയുന്നു അല്ല ബദരി അല്ല കേദാരം അവിടെയാണെന്നും ശൃംഗേരിക്കാർ പറയുന്നു ഇതിനേ വിശ്വസിക്കുന്നു ഇതൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ തൃശൂര് നാല് മഠങ്ങളുണ്ട് കിഴക്കേ മഠം വടക്കേ മഠം പടിഞ്ഞാറേ മഠം നടുവിൽ മഠം അവിടെ സന്യാസിമാരുണ്ട് ഈ നാല് മഠങ്ങളിൽ ശങ്കരാചാര്യര് നാല് ശിഷ്യന്മാരെ ഇരുത്തി അവിടെ ശങ്കരാചാര്യ ഇരുന്നു അവിടെ ഇരുന്ന് സമാധിയ നമ്മളെ മലയാളത്തിലെ സ്വാമിമാർ പറയുന്നത് ഇതും പറയുന്നുണ്ട് ഇതിനും രേഖകളുണ്ട് അവരുടെ കയ്യിലും ഉണ്ട് ഇത് രേഖകളെന്നല്ല അഞ്ഞൂറ് വർഷം ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷം മുമ്പുള്ള പരമ്പരയുടെ പേര് സഹിതമുള്ള രേഖകൾ കാഞ്ചി കാഞ്ചിമഠത്തിലുണ്ട് എട്ടാം നൂറ്റാണ്ട് മുതലുള്ള ശങ്കരാചാര്യ തുടങ്ങി അടുത്ത ശിഷ്യം മുതലുള്ള പുരിയിലും ഉണ്ട് അവർ പറയുന്നു അപ്പോൾ ഇതൊക്കെ ഏത് അപ്പോൾ ഇത് നമ്മൾ ഗവേഷണം നടത്തിയാലും നിരാശപ്പെടുത്തുകയുള്ളൂ സത്യം ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കാം എന്തായാലും ഒന്ന് മനസ്സിലാക്കാം ശങ്കരാചാര്യരെന്താ പറഞ്ഞിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭാഷയത്തിലൂടെയാണ് മഠാമനായും മറ്റുമുണ്ട് വടക്കേന്ത്യയിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് പട്ടാള സന്യാസമാണ് എന്ന് പറയുന്ന അഭിസിച്ചു അവിടുത്തെ സന്യാസം സമ്പ്രദായത്തിന്റെ പേര് അഖാഡ എന്നാണ് ഹിന്ദി പറയുന്നത് അഖാഡ എന്ന് പറഞ്ഞാൽ പട്ടാള ക്യാമ്പെന്നാണ് പച്ചമലയാളത്തിൽ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സന്യാസമാർ താമസിക്കുന്നത് പട്ടാള ക്യാമ്പുകൾ പോലെയുള്ള ക്യാമ്പുകളിലാണ് അവരുടെ ദിനചര്യയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്ന ആയുധ പരിശീലനമാണ് വാളും കുന്തും അതി ഉപയോഗിച്ച് പരിശീലനം ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതാണ് പ്രധാനമായ അവരുടെ ആചരണങ്ങൾ സന്യാസിമാരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു മിലിട്ടറിയുടെ രീതിയല്ല കോഡ് ഭാഷകളും പരസ്പര സംഭാ സംഭാഷണം നടത്തുന്ന കോടുഭാഷ ഇതെല്ലാം ശരിക്കൊരു പട്ടാളത്തിന്റെ രീതിയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി പരിശീലിപ്പിച്ച ഒരു സമൂഹം ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ അവിടെ പോവുകയും അവരുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അതാണ് അഖാട സമ്പ്രദായം ശങ്കര പരമ്പരയിലുള്ള സന്യാസം ഇത് ശ അവിടെ ശ്രവണ മന്നനങ്ങൾക്ക് പോലും അതെങ്ങനെ അതുമാത്രമല്ല ചരിത്രത്തിൽ പറയുന്നു അവർ യോദ്ധാക്കളായിരുന്നു നിരവധി തവണ യുദ്ധം ചെയ്തിട്ടുണ്ട് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത സന്യാസിമാരാണ് ഇതൊക്കെ ചരിത്രം പഠിച്ചു അതിനൊക്കെ ലിഖിതമായ ചരിത്രം കൊണ്ട് ഹരിദ്വാറിനും വിശേഷത്തിലുമെല്ലാം അവസാനത്തെ മുഗൾ ചക്രവർത്തിയുടെ സൈനികമായിട്ട് അവർ ഏറ്റുമുട്ടിയതും ആയിരക്കണക്കിന് സന്യാസിമാർ മരിച്ചതുമൊക്കെ രേഖകളിലുണ്ട് അപ്പോൾ അത് ആണോ ശങ്കരായര് പറയുന്ന സന്യാസം പാരമ്പരാജ്യം അല്ല എങ്ങനെ വന്നു അത് പിന്നീട് വന്നു ആചാര്യന്മാരെല്ലാം ഒരു കാലഘട്ടത്തിൽ ധർമ്മസംരക്ഷണത്തിന് എന്താണ് നിസ്വാർത്ഥരായ ചാവേർക്കട അതാവശ്യമായി വന്നപ്പോൾ അങ്ങനെ ഒന്നുണ്ടാക്കിയതാണ് പിന്നീടത് ആവശ്യമില്ലാതെ വന്നപ്പോ ഇന്ന് ആ സന്യാസ സമ്പ്രദായവും കാലഹരണപ്പെട്ടു വരും അവർക്കൊന്നും ചെയ്യാനില്ലാതെ വരും യുദ്ധം ചെയ്യാൻ വേണ്ടി ആരുമില്ല അങ്ങനെ വരും അപ്പോ ഇതാണ് ഈ ആശ്രമസമ്പ്രദായം എന്ന് പറയുന്ന നിലനിൽക്കുന്നത് അതുകൊണ്ട് ചിലര് പറയുന്നെന്താണ് ആദിശങ്കരനും അഭിനവശങ്കരൻ ആദിശങ്കരൻ ഭാഷ എഴുതി അതൊന്നും എത്രമാത്രം ശരിയെന്ന് എനിക്കറിയില്ല അഭിനവശങ്കരന് ഒരാൾ വന്ന് ബാക്കി ഏടാകൂടങ്ങളെല്ലാം ഉണ്ടാക്കി എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് അത് കാലത്തിന്റെ ആവശ്യമായി കാലത്ത് ഹിന്ദു ധർമ്മത്തെ രക്ഷിക്കുന്നതിന് ഇങ്ങനെ പരമഹംസന്മാരെ സൃഷ്ടിച്ച് അവർ ആത്മാഹുതി ചെയ്തുകൊണ്ടാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത് പറയുന്നുണ്ട് അതിന്റെ കുറിച്ച് കൂടുതലായി എനിക്കറിയത്തില്ല എന്നാലും ഇവിടെ ഇപ്പോൾ ഭാഷകാലം പറയുന്നത് ഇങ്ങനെയാണ് ഇതിനൊന്നും മാറ്റാനോ മറിക്കാനോ ഒന്നും സാധ്യമല്ല ഈ പരിവ്രചനം അത് വിദ്വാനായാലും ശരി വിവിധിഷു ആയാലും ശരി സന്യാസമെന്ന് പറയുന്നത് പരിവ്രചനമാണ് ഒരിടത്തുനിന്നുള്ള ഭാഷകാരൻ അവിടെ ഇരുന്ന് കർമ്മം ചെയ്യുന്നതിനെക്കുറിച്ചോ ലോക സേവനത്തെ ഒന്നും പറയുന്നില്ല സന്യാസി സംബന്ധിച്ച് അതൊന്നും പറയുന്നില്ല അവിടെ പറയുന്ന ഉപരതി സർവത്ര പറയുന്നത് അപ്പൊ ഇന്നത്തെ സന്യാസത്തെ കുറിച്ച് നമുക്ക് ആശയം കുഴപ്പം വരേണ്ട കാര്യമില്ല എന്തുകൊണ്ട് മുനീനം ഉത്തരോത്തരം പ്രമാണം പിൽക്കാലത്ത് പിൽക്കാലത്ത് വരുന്ന ആചാര്യന്മാര് കാലദേശങ്ങൾ ഉചിതമായി ഓരോ സമ്പ്രദായങ്ങളെ രൂപീകരിച്ച നിലനിൽക്കുന്നു സന്യാസ ജീവിതം ആഗ്രഹമുള്ളവർ അതിനോട് കൂടി ചേരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞാണെന്നും പറഞ്ഞാലും ചെയ്യേണ്ട കാര്യം അത് ഓരോരോ ആചാര്യന്മാർ അതാത് കാലത്ത് നിശ്ചയിച്ചിരിക്കുന്നു അതിനെ പിന്തുടരുക എന്നുള്ളതാണ് അതാത് കാലത്തുള്ള അവരുടെ കരണീയമായിട്ടുള്ളത് അതുകൊണ്ട് അതെല്ലാം നിലനിൽക്കുന്നു ആ സമ്പ്രദായം ഇന്നത്തെ സന്യാസി സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണോ കർമ്മയോഗിയാണ് ഇന്നത്തെ സന്യാസിന്ന് പറയുന്നത് കർമ്മയോഗികൾക്കുള്ളതാണ് അത് സന്യാസിമാർ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പരിവ്രജനമാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ആകാശ കുഴപ്പം വരും സന്യാസോട്ട് ശരിയാകത്തുമില്ല അഭിദുഷാവിമുക്ഷുണ പാരിഭ്രാജ്യം കർത്തവ്യമേവരിവ്രജനം ചെയ്തു തന്നെ തീരണം തഥാച്ച ശാന്തോദാന്ത ഇത്യാദി ഭജനം പ്രമാണം സന്യാസത്തിന് പ്രമാണമായിട്ട് പറയുന്നതാണ് ശാന്തോ ദാന്തോ ഉപരതം തിദിക്ഷു ഉപരതം എന്ന അന്വേഷിച്ചു സർവകർമ്മങ്ങളിൽ നിന്നും നിവൃത്തനായവൻ എന്നറു അവനോ ഇന്നത്തെ സന്യാസത്തിന് അങ്ങനെ ഒരു കർമ്മം നിവൃത്തിയേയില്ല മനസ്സിലാകണം എന്തുകൊണ്ടവിടെ കർമ്മങ്ങളുടെ പ്രസക്തിയില്ല ഇന്ന് അങ്ങനെ ഒരു വൈദിക സമൂഹമില്ല അങ്ങനെയുള്ള നിത്യകർമ്മം തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നില്ല അതുകൊണ്ട് അത് ഉപേക്ഷിക്കണമോ ഉപേക്ഷിക്കേണ്ടോ ഇന്ന് ഇന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്ന കർമ്മത്യാഗം അതിന്റെ പ്രസക്തിയില്ല അല്ലാത്തടത്ത് എങ്ങനെ കർമ്മം തെജിച്ചിട്ടൊരാൾക്ക് സന്യാസിയാകാൻ പറ്റും ഇന്നൊരാൾക്ക് സന്യാസിയാവണമെങ്കിൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേ സാധാരണ കർമ്മങ്ങൾ ലൗകിക കർമ്മങ്ങൾ അതനുഷ്ഠിക്കാത്ത ഒരാൾക്ക് പറ്റത്തില്ല അപ്പോ എന്തുകൊണ്ടവൻ അന്വേഷിക്കേണ്ടി വരുന്നു അവന്റെ അന്ധക്കെന്നെ ശ്രദ്ധിക്കുകയു അവനുഷിക്കേണ്ടി വരുന്നു അപ്പോ അതിനെന്തു പറയും കർമ്മയോഗം അപ്പൊ കർമ്മയോഗ സന്യാസി അതാണ് നമ്മ അങ്ങനല്ലോ പലരും സന്യാസിമാരാണെന്ന് പറഞ്ഞ് എന്താണോ ഇങ്ങനെ പരിപ്രചനം നടക്കുന്നുണ്ടല്ലോ പറയുന്നു അപ്പോ ഈ പറയുന്ന ശങ്കരാർ പറയുന്നത് ശാന്ത ദാന്തോ പരത അതെല്ലാവര് സംഭവിച്ചിട്ടുണ്ടോ ശാന്തനും ദാന്തനും ഉപരതനുമാണോ പിന്നെ അവർ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ശ്രവണമന്നാദി ജ്ഞാനനിഷ്ഠ അതിലാണോ അവർ സഞ്ചരിക്കുന്നത് അത് പുലർത്തുന്നുണ്ടോ അതൊക്കെ പുലർത്തിയിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ടത് ചിന്തിക്കാൻ കൂടി വയ്യ ശങ്കരായര് പറഞ്ഞിരിക്കുന്ന ആത്മദർശന അതുകൊണ്ട് പറയുന്നു അന്യാശ്രമങ്ങളിൽ ശമദമം അതിന് സന്യാസാശ്രമം തന്നെ വേണം അതാണ് പറയുന്നത് മുമുക്ഷു ജനം അതിന് പരിവ്രചനം കൂടിയെത്തി എന്നാണ് കർശനമായ നിലപാടാണ് ആ സാധനം എന്നാണ് പറയുന്നത് സാധനസമ്പത്തി ആ സാധനങ്ങളുടെ പൂർണത സന്യാസത്തിലെ സംഭവിക്കും പരിവ്രചനത്തിലെ സംഭവിക്കും അല്ലെങ്കിൽ അതിന്റെ പൂർണത അത് അതിനുവേണ്ടിട്ടാണ് അത് ആ കാലത്തിന്റെ സവിശേഷത കൂടി കൊണ്ട് പറഞ്ഞതാണ് ഗുരുവിനെ സംബന്ധിച്ചെന്ന് ഗ്രഹത്തിലിരുന്ന് സർമ്മത്ത് ഉപേക്ഷിക്കുക അത് സാധ്യമേ അല്ല ഗ്രഹത്തിലിരുന്നാൽ ചെയ്യണം അതിന്റെ ഭാഗമാണ് ഇന്നല്ലാതെ ഇരിക്കാൻ മറ്റൊരു സ്ഥലമില്ല ഗ്രഹമില്ലാ വേറെ എവിടെ പോയിരിക്കും അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയുന്നില്ല മഠം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ പറയുന്ന വീടെന്നുള്ള അർത്ഥത്തിലാണ് ആശ്രമം എന്നുള്ള അർത്ഥത്തിലല്ല മഠം എന്നാണ് ശബ്ദം പ്രയോഗിക്കുന്നത് ഘടമഢം എന്നൊക്കെ പറയും വീടും എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ പിന്നെ വേറെ സ്ഥലമില്ല പോയിരിക്കാൻ ശമത്തോടുകൂടിയിരിക്കാൻ നിത്യ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ഇരിക്കാൻ ആ അപ്പോൾ അവൻ അതിനെ പിന്നെ വേറെ വിഭാഗത്തിൽപ്പെടുത്തും ഭ്രഷ്ടൻ ഒന്നുമല്ലാത്ത ഒരു ധർമ്മം ധർമ്മഭ്രഷ്ടനായിത്തീരും ബ്രഹ്മചാരി ആണെങ്കിൽ ഗുരുകുലത്തിൽ വസിക്കും ഗുരുസ്ഥനാണെങ്കിൽ സ്വന്തം വീട്ടിൽ വസിക്കും പിന്നെ മൂന്നാമതൊരു സ്ഥലമില്ല അതുകൊണ്ടാണ് പിന്നീട് ആചാര്യന്മാർ ഈ ആശ്രമം ഒക്കെ കണ്ടുപിടിച്ചത് മൂന്നാമതൊരു സ്ഥലം അത് ഗുരുകുലുമല്ല സ്വന്തം വീടുമല്ല അപ്പം അവിടെ ഇരുന്ന് ശമ്മതമാതികളൊക്കെ സ്വീകരിക്കുക അവിടെ ആധ്യാത്മിക ഗുരുക്കന്മാർ അവരുടെ അതാണ് വർത്തമാന സന്യാസി ഇന്നത്തെ സന്യാസി ഇങ്ങനെ മാറി വന്നത് ഈ പറയുന്നത് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ളതെന്നല്ല ഭാഷ്യത്തിലുള്ളതല്ല ഇപ്പോൾ ശങ്കരായിട്ട് പറഞ്ഞിരിക്കുന്നതാണതാണ് ശമദമാദികൾ ആത്മദർശനത്തിൻ്റെ സാധനമാണ് അത് പരിവ്രജനത്തിൽ തന്നെ ശീലിക്കണം അതപ്പോൾ ആശ്രമത്തിലിരുന്നാലും ശേഷി എന്താണ് രാഗദ്വേഷങ്ങൾ വന്നു ചേരും ഇന്ന് വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടവിടെ ഇരിക്കുന്നൊന്നേ ഉള്ളൂ രണ്ടുപേരും തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ അതുണ്ടായിത്തന്നെ തീരും സന്യാസി എന്താണ് ഏകാഗി അവന് കൂട്ടില്ല ഒറ്റയ്ക്കാണ് ആരുടെ കുസ്തി പിടിക്കാനാണ് ഒരാൾ വേണ്ടേ ഇതങ്ങനെയല്ല അസുഖയും വെറുപ്പും കുശമ്പും എല്ലാം വരും ആശ്രമത്തിലായാലും വരും അതിലൊന്നെല്ലാം മുക്തമായൊരാശ്രമം അങ്ങനെയൊന്നുമില്ല അതൊക്കെ എല്ലായിടത്തും വരും പക്ഷെ അത് ഒഴിവാക്കാൻ വയ്യ അതുകൊണ്ട് എന്ത് ആശ്രമത്തിൽ ഗുരു സന്നിധിയിലിരിക്കുന്നു ഗുരുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടും മറ്റുമൊക്കെ ഒരുവിധം അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിഞ്ഞു പോകുന്നു ശരിയെന്ന് പറയാൻ പറ്റത്തില്ല സങ്കരായിട്ട് പറയുന്ന അങ്ങനെയല്ല ഏകാഗി അപരിഗ്രഹ അപരിഗ്രഹനും ഏകാഗിയാകുക അപ്പോൾ പരിവ്രജനം സഞ്ചരിക്കുക ഒന്നിനോടും ആസക്തിയില്ല നിസ്സംഗനായി സഞ്ചരിക്കുന്നു അപ്പോൾ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ മിച്ചമുണ്ട് അതിനപ്പുറം ഡയബറ്റിക്സ് പ്രഷറ് ഷുഗറൊക്കെ വന്നുകഴിഞ്ഞാൽ അതൊക്കെ പ്രാരബത്തിന് ഇട്ടിരിക്കുക ശരീരം നശിക്കുമ്പോൾ നശിച്ചോട്ടെ അതുപോലെ ചിന്തയില്ല ഇന്നത്തെ പോലെയുള്ള ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളൊന്നും അതീ കിട്ടത്തില്ല ഇന്നത്തെ ഇതാവുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ നമ്മൾ നമ്മുടെ സൗകര്യമനുസരിച്ച് ഇങ്ങനൊരു സന്യാസത്തെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നതല്ലാതെ ഇതൊന്നും സന്യാസത്തിൻ്റെ ആദർശമാണ് നമുക്ക് അങ്ങനെ ആദർശത്തിൽ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സന്യാസിമാരെന്നു പറയുന്നത് അത്ര കേമന്മാരൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പൂജ്യന്മാരൊന്നുമില്ല എന്തുകൊണ്ട് ആദർശത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇന്നത്തെ വേറെ നിവൃത്തിയില്ലാത്ത പറയുന്നു എന്താണ് ആത്മദർശന സാധനാനാണ് അന്യ ആശ്രമേഷ അനുപത്യേ വേറെ സാധ്യമല്ല പൂർണ്ണമായ എന്തുകൊണ്ട് സാധ്യമല്ല അവിടെയെങ്കിലും പരിഭ്രചനം അതുകൊണ്ടാണ് ബ്രഹ്മചേരി ആശ്രമത്തിൽ പരിവ്രചനം ഉണ്ടല്ല കാരണം അവിടെ ഗുരുകലത്തിൽ ഗുരുവിൻ്റെ അടുത്ത താമസിക്കുന്നു അവിടെ സാധ്യമില്ല ഗ്രഹസ്ഥനത് പറ്റൂ പറ്റത്തില്ല വാനപ്രസ്ഥത്തിന് പോലും അത് പറ്റുന്നില്ല വാനപ്രസ്ഥം ഭാര്യസമേതനായിട്ടാണ് അവിടെ കഴിയുന്നത് അവിടെയും പരിവ്രചനമില്ല പിന്നെ ഇവിടെ സന്യാസമാണ് പരിപ്രചനം എന്ന് പറയുന്നത് ശങ്കരാചാര്യൻ എന്ത് അതിൽ വെള്ളം ചേർക്കാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിങ്ങനെ വളരെ വ്യക്തമായി വിശദീകരിച്ച് പറയുന്നത് മാത്രമല്ല അതിനുള്ള ഭ്രമം ഇല്ലാതാക്കാൻ വേറെയാണെന്ന് ധരിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ അത്യാശ്രമം പവിത്രം പ്രവാച സമ്യക്തി വിജ്ഞായതേ അത് നമ്മൾ വിട്ടുപോയി ശ്വതാശ്ശതർ അവിടെയും പറയുന്നുണ്ടതാണ് ശിഷിയെന്ന് പറയുന്നതിന് മന്ത്രമൊന്നും തത്വജ്ഞാനികളൊന്നും അർത്ഥമാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ രണ്ടർത്ഥവും പറയുന്നുണ്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അപ്പോൾ ഈ ഉപനിഷത്തുകളിലൊക്കെ തന്നെ എന്താണ് ഇവിടെ ഗുരു ഗൃഹസ്ഥനാണ് ശിഷ്യൻ പുത്രനാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് അവിടെ അവിടെ ഗൃഹസ്ഥന്മാരായ ഗുരുക്കന്മാരും ശിഷ്യന്മാരും അങ്ങനെയൊക്കെയാണ് പറയുന്നു അപ്പം ഇതിനെക്കുറിച്ച് ശങ്കരാചാര്യ അഭിപ്രായം എന്താണ് ഇതൊക്കെ വെറും അർത്ഥവാദ കഥകളാണ് അതിനൊന്നും കാര്യമില്ല എന്തുകൊണ്ട് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു പ്രവചയത് അപ്പം മുഖ്യമായി അവിടെ ഉപദേശിച്ചിരിക്കുന്ന പ്രവചനമാണ് അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് പ്രവചനം തന്നെയാണ് ആ ഗ്രഹസ്ഥന്മാരും മറ്റൊക്കെ ഉപദേശിച്ചിരിക്കാം പക്ഷെ അതെന്നിവിടുത്തെ മുഖ്യമായ ആദർശമല്ല അതൊക്കെ കഥകളായിട്ട് എടുത്താൽ എന്നും പറയുന്നുണ്ട് വേറൊരു ഭാഗത്ത് വിഷി എന്നുള്ള ശബ്ദം വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഋഷി എന്നുള്ളതിന് വേദമന്ത്രങ്ങളും ഏറ്റവും അർത്ഥം പറയുന്നത് ആ വേദമന്ത്രങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വിദ്വാൻമാർ സേവിക്കുന്നതായ ആ ജ്ഞാനം ആർക്കു വേണ്ടി അത്യാശ്രമിക്കുക പരിമ്രാജകന് വേണ്ടിയിട്ടാണ് അവന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നതിന് ശേതാശിതരം പ്രമാണമാണ് പ്രജയ ധനേന യാഗേനേക അമൃതത്വ മാനസഹ കർമ്മം കൊണ്ടല്ല പ്രജയെ കൊണ്ടല്ല ത്യാഗം കൊണ്ടാണ് മോക്ഷം ത്യാഗം എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സന്യാസം സന്യാസംന്ന് പറഞ്ഞ പരിവ്രജനം സർവം പരിത്യജ്യ പ്രജതീതി പരിപ്രാജ ആ പരിഭ്രചനം കൊണ്ടേ സാധ്യമാകൂ ഇത് അവിടെ ഒന്നുകൂടി പറയാം ഇത് അദ്വൈതിയായ ശങ്കരാചാര്യരുടെ നിലപാടിലാണ് പക്ഷെ എല്ലാ അദ്വൈതികൾക്കും ഇതല്ല നിലപാട് അതും മനസിലാക്കിയിരുന്നു അദ്വൈതികളെല്ലാം ഈ പരിഭ്രചനത്തെ അംഗീകരിക്കുന്നില്ല കാരണം അദ്വൈത സാക്ഷാത്കാരത്തിന് പരിവ്രചനം ആവശ്യമില്ല എന്ന് പറയുന്ന അദ്വൈതികളും ഉണ്ട് ശാങ്കരഭാഷ്യം നമ്മൾ മനസ്സിലാകുമ്പോൾ അത് മനസ്സിലാക്കുന്നു മറ്റത് ഇതെല്ലാം കൂടെ കൂട്ടിക്കളയ്ക്കരുത് കാരണം ചിലരുടെ മനസ്സിൽ വരും അങ്ങനെയാണെങ്കിൽ ജനകനും മറ്റും അങ്ങനെയാണ് ജനകൻ അദ്വൈതല്ല മഹാഭാരത ജനകനെ കുറിച്ച് പറയുന്നുണ്ട് ജനകൻ അദ്വൈതിയാണ് പക്ഷെ പരിപ്രാജകനല്ല അതോ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അദ്വൈതത്തിൽ തന്നെ പരിവിരചനത്തിന്റെ ആവശ്യമില്ല ഗ്രഹസ്ഥനായാലും അദ്വൈതിയാകാം അദ്വൈതജ്ഞാനമാകാം അത് അദ്വൈതജ്ഞാനത്തിന് പരിപ്രചനം ആവശ്യമില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് യോഗ വാസിഷ്ഠരാമായ രാമൻ പരിപ്രചനത്തിന് തയ്യാറാകുന്നു വാശിഷ്ഠം പിന്തിരിപ്പിക്കുന്നു അതിന്റെ ആവശ്യമില്ല അവിടെ തത്വജ്ഞാനമാണ് മുഖ്യം ബാഹ്യമായ ആചരണമല്ല എന്നു പറയുന്നു അതും അദ്വീതമാണ് അങ്ങനെയാകാം അതുകൊണ്ടാണ് ഗീതാഭാഷയത്തിൽ ജനകനെ പറയുന്ന സമയത്ത് ഭാഷകാലം ജനകൻ ഞാനി ആണെങ്കിൽ എന്ന് ഒരു ഊന്നൽ കൊടുത്തിരിക്കുന്നു ജനകൻ ഞാനി ആണെങ്കിൽ എന്നർത്ഥം എന്ന് വെച്ചാൽ ഞാനി ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു ഒരു വൈഷമ്യം പോലെ എന്തുകൊണ്ട് അവിടെ പരിഭ്രചന ഇല്ല പക്ഷെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ തന്നെ ഭാഗികമായി അംഗീകരിക്കുന്നു പ്രൗഢിവാദം എന്ന് പറയും അങ്ങനെ അംഗീകരിക്കാൻ നിർബന്ധമാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം പക്ഷെ ശരിക്കും പരിമരജനം കൂടിയേ തീരൂ ഇതാണ് ശങ്കരന്റെ നിലപാട് ഇതിജ കൈവല്യ ശ്രുതി ജ്ഞാത്വ നൈഷ്ക്രമ്യമാചരേത് ഇതിജസ്മൃതേഹി അതറിഞ്ഞിട്ട് നൈഷ്ക്രമ്യത്തെ ഗീത കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഗീതാണ് കുശലേ നാനുഷജി ഇത്തരം ഭാഗങ്ങളുടെ നമ്മുടെ വ്യാഖ്യാനം നമ്മുടെ ചർച്ച അത് ഓർമ്മിച്ചു നോക്കുമ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകും നമ്മുടെ ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു ഗീതാകാരൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം ഓർമ്മ ഇല്ലെങ്കിൽ വീണ്ടും അതൊക്കെ കേട്ടു പോകാം എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭാഷകാരം പറയുന്നത് എന്താണ് ജ്ഞാത്വ നൈഷ്കർമ്മ്യമാചരേ ഇതറിഞ്ഞിട്ട് നൈഷ്കർമ്മ്യം പരിവ്രജനത്തെ അനുഷ്ഠിക്കണം സ്മൃതിശ്രമപഥ്മാശ്രമ സംസം അതിനാണ് ബ്രഹ്മശ്രമം ആശ്രമത്തിൽ പരിവ്രജനം അദൃശ്യത ാം സാകല്യേന അന്ത്യാശ്രമേഷേന പൂർണമായിട്ട് അതെടുത്തു പറയുകയാണ് പൂർണ്ണമായിട്ട് ഗാർഹസ്ഥ്യത് സംഭവമല്ല ഗൃഹസ്ഥ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഗൃഹസ്ഥനോടും പറയുന്നു ബ്രഹ്മചര്യത്തെക്കുറിച്ച് അപ്പോ സാകല്യമായ ബ്രഹ്മചര്യം എന്ന് എടുത്തു പറയുന്നത് കൊണ്ടാണ് ഗ്രഹസ്ഥാശ്രമത്തിൽ അത് സാധ്യമത് ഗ്രഹസ്ഥന് വിധിച്ചിട്ടുള്ള ബ്രഹ്മചര്യം അവിടെയാകാം ഇവിടെ എന്താണ് ബ്രഹ്മചര്യാദി വിദ്യാസാധനം പൂർണ്ണത വേണം എന്നാണ് പറയുന്നത് ശങ്കരാചാര്യർ പൂർണമായ ബ്രഹ്മചര്യവും മറ്റും വേണം പൂർണ്ണമായിട്ടും അത് അത് അന്ത്യാശ്രമിച്ചു പോകത്തേ അത് സന്യാസത്തിന് പരിവ്രചന രൂപത്തിലുള്ള സന്യാസത്തിലെ സാധ്യമാകും ഗാർഹസ്ഥ്യസമ ഗാർഹസ്ഥ സാധ്യമല്ല ആ സാധ്യമല്ലെങ്കിൽ ഗ്രഹസ്ഥനായിരുന്നു ഞാനിയായി അന്ന് ശങ്കരാചാര്യർ ഗ്രഹസ്ഥനായിരുന്നു ഞാനി ആകാം പക്ഷേ മുക്തിക്ക് ഉപകരിക്കുന്ന ഞാനി ആകത്തില്ല ആ മുക്തിക്കുപകരിക്കുന്ന ഞാനൊന്നിരുന്ന് പരിവ്രചനത്തോടുകൂടി ജ്ഞാനമേ ഉള്ളൂ ആപാതജ്ഞാനിവിടെ ഉണ്ടാകാം ബ്രഹ്മചര്യത്തിലുണ്ടാകും ഗാർഹസ്യത്തിലുണ്ടാകും കാരണം എല്ലാവരും വേദാധ്യയനം ചെയ്യുന്നു വേദാധ്യനം ചെയ്യുമ്പോൾ തത്വമസി മഹാവാക്യങ്ങളെല്ലാം എല്ലാവരും ശേദിക്കുന്നുണ്ട് നിത്യശുദ്ധമുക്തം എന്നൊക്കെയുള്ള ജ്ഞാനം ആർക്കും ഉണ്ടാകും അത് നിഷേധിക്കാൻ വയ്യ പക്ഷെ അതൊന്നും മുക്തിക്ക് ഉപകരിക്കത്തില്ല എന്തുകൊണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് അതുകൊണ്ട് സാകല്യ സാധന സമ്പത്തി എന്നതാണ് പറയുന്നത് സമാധി സാധന സമ്പത്തി അതിന്റെ പൂർണത അതുകൊണ്ട് അധികാരി സമ്പന്നനായിരിക്കണം പൂർണ്ണനായിരിക്കണം അത് ബ്രഹ്മചിരി ആശ്രമത്തിനും അത് ഒരാശ്രമത്തിനും സാധ്യമല്ല പരിഭ്രചനം തന്നെ വേണം എന്നുവെച്ചാൽ അസമ്പന്നം സാധനം കാര്യർത്ഥ സാധന അലം അസമ്പന്നമായ സാധനം അപൂർണമായ സാധനം മോക്ഷം പോയിക്കോട്ടെ ഇവിടെ പറഞ്ഞു ത്യാഗത്തെ മോക്ഷത്തിന്റെ സാധനമായി മുഖ്യസാധനമായി സ്വീകരിക്കുന്നുണ്ടോ ത്യാഗീനേക അമൃതത് മാനസികവും പറയുന്നിടത്തും ത്യാഗം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ എന്താണോ ത്യാഗം കൊണ്ട് ജ്ഞാനം ജ്ഞാനം കൊണ്ട് മോക്ഷം അത് വിടത്തില്ല ത്യാഗീനേഖയെന്ന് പറഞ്ഞാൽ ത്യാഗത്തിൽ നിന്ന് നേരിട്ട് പോകാൻ പറ്റത്തില്ല ത്യാഗം ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നേരിട്ട് മോക്ഷത്തിന് വേണ്ടിയിട്ടില്ല ജ്ഞാനനിഷ്ഠയ്ക്ക് ത്യാഗം വേണം സമ്പൂർണ്ണ ബ്രഹ്മചര്യം പോലെയുള്ള സാധനങ്ങൾ ജ്ഞാനനിഷ്ഠയ്ക്ക് സാധനയ്ക്ക് പ്രാധാന്യമുണ്ടവിടെ സംശയാദികൾ നിവാരണ നിവാരണത്തിന് ത്യാഗം ബ്രഹ്മചര്യം പോലെയുള്ള ത്യാഗം ആവശ്യമാണ് ശങ്കരായിട്ട് പറയുന്നത് ഇപ്പൊ ബ്രഹ്മചര്യാ വിദ്യാസാധനാണ് പറഞ്ഞാണ് അതിന്റെ സമ്പത്ത് അസമ്പന്ന സാധനം അസമ്പന്നമായ സാധനം എന്താണ് കസ്റ്റിത് അർത്ഥ്യ സാധനമായ അല ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് അലം പര്യാപ്തമല്ല അതുകൊണ്ട് സാധ്യമല്ല ഒരു സാധ്യത്തിന് ഇന്നതാണ് സാധനം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അനുഷ്ഠിച്ചാലത് സാധ്യമാകും എന്നറിയും മണ്ണ് കുഴച്ചു വച്ച മൺപാത്രം ഉണ്ടാകത്തില്ല അതുണ്ടാകത്തില്ല അത് മണ്ണ് കുഴച്ചു വെച്ച് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം വേണം ദണ്ട് വേണം ചക്രം വേണം അതിൻ്റെ കയറ് വേണം പിന്നെ എന്താണ് അതിൻ്റെ വ്യാപാരം വേണം കുലാലൻ ഉണ്ടാകുന്നതെന്ന് വേണം എന്നിട്ട് നല്ലവണ്ണം പണിയെടുക്കുന്നു അതിഷ്ടവും മറ്റു കാര്യങ്ങളും എല്ലാം അനുകൂലമായി വരണം ആ സാധനകളെല്ലാം സമ്പൂർണമായി തീരുമ്പോൾ അവിടെ പാത്രം ഉണ്ടായി അതിലെന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാകത്തില്ല അപ്പം ഇവിടുത്തെ സാധ്യമെന്താണോ അർത്ഥം എന്താണോ മോക്ഷമാണ് ആ മോക്ഷത്തിന് എന്താണ് ത്യാഗീനേകി ത്യാഗപൂർണമായ ജ്ഞാന ത്യാഗസഹിതമായ ജ്ഞാനം ആർ കൂടിയേ തീരൂ എന്നാണ് എന്ന് തന്റെ സിദ്ധാന്തത്തെ ഇവിടെ വ്യക്തമായി പറയാണ് ഇന്നത്തെ കാലത്ത് സന്യാസിമാരാകുന്നവർ ഇതൊന്നും അറിയാതെ സന്യാസിമാരാകുന്നെന്ന് പറഞ്ഞാൽ മഹാകഷ്ടമാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എന്ത് തരത്തിൽപ്പെട്ട സന്യാസിയാണ് എത്രമാത്രം സന്യാസിയായി ഇനി അത്ര ആകാനുണ്ട് എന്താണ് സന്യാസം എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ സന്യാസമെന്ന് പറയുന്നതിനു വിടുക അത് വേണ്ട ആധ്യാത്മിക സാധന സാധകൻ അവിടെ പിന്നെ എന്തുമാകാം ഏത് രീതിയിലും ആവാം സന്യാസം എന്ന് പറയുന്നത് പറഞ്ഞു സന്യാസം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും സന്യാസമായിരുന്നു ശങ്കരാ എന്റെ സന്യാസി ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസമല്ല മറ്റൊരു സന്യാസമാണെന്ന് പറയേണ്ട എന്നാൽ ശരി അല്ല ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം ഇതാണ് ഇതിൽ ആർക്കും ആശയക്കുഴപ്പം വേണ്ട അപ്പോൾ ഉള്ള ആശയക്കുഴപ്പങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഈ ഭാഷ എടുത്തിട്ട് ആവർത്തിക്കാവർത്തിച്ച് വായിച്ചു നോക്കുക വായിച്ചാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ സംസ്കൃതം പഠിക്കുക എന്നിട്ട് വായിക്കുക അതല്ല വേറെ ഉപായൊന്നുമില്ല